ചർച്ച ചെയ്തത്മാതൃത്വാദി ഭേദ നിവൃത്തി ഏകമായിരിക്കുന്ന ആത്മാവെന്ന് തുരിയന് പല ഭേദങ്ങൾ അനുഭവപ്പെടും തൻ പ്രമാതാവാണ് അറിയുന്നവനാണ് ഭോക്താവാണ് കർത്താവാണ് ഈ തരത്തിലുള്ള പല അനുഭവങ്ങളുണ്ട് ഈ അനുഭവങ്ങളെയെല്ലാം എല്ലാം പാരമാർത്ഥികമായി നിവർത്തി അതെങ്ങനെ സംഭവിക്കുന്നു പറഞ്ഞു അന്തപ്രജ്ഞത്വാദി നിവൃത്തി സമകാലമേവന്തപ്രജ്ഞം നബിപ്രജ്ഞം എന്ന് ശ്രുതി പറയുന്നത് ധരിക്കുന്ന ആ സമയം തന്നെ ഇവിടെ ജീവനെ സംസാരത്തിൽ തുടർന്ന് നിർത്തിക്കൊണ്ടുപോകുന്നത് ഇതൊക്കെയാണ് പ്രമാതൃത്വം തുടങ്ങിയവയാണ് പ്രപഞ്ചത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ വിശ്വ തേജസ്വ പ്രാജ്ഞഭാവങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനിതെല്ലാം അറിയുന്നവനാണെന്നുള്ള ആ ബോധത്തെ നമുക്ക് നിഷേധിക്കാൻ കഴിയുന്നു അതിനൊഴിവാക്കാൻ പറ്റുന്നു ബോധം ഇപ്പോ ഉണ്ടോ അപ്പോഴെല്ലാം ബോധിക്കുന്നവനുമുണ്ട് എന്റെ ബോധം ഞാൻ ബോധിക്കുന്നവൻ ഇതാണ് ദ്വൈതം ഇതിനെ മാറ്റാൻ പറ്റുന്നില്ല ബാക്കി നമ്മുടെ മറ്റ് സാധനങ്ങളുണ്ട് ജപധ്യാനങ്ങൾ കൊണ്ടും കർമ്മയോഗങ്ങൾ പോലെയുള്ള സാധനങ്ങൾ കൊണ്ടും മനഃശുദ്ധിയെയും മറ്റു മനസ്സിന്റെ ഏകാഗ്രത സമ്പാദിക്കാം അതെല്ലാം ആവശ്യമാണ് തന്നെ അതൊന്നും വേണ്ടെന്നിവിടെ പറയുന്നില്ല കാരണം സാധന സമ്പന്നന് മാത്രമേ എന്തായാലും ഫലം ഉണ്ടാകത്തുള്ളൂ ഫലം ഉണ്ടാക്കുന്നതിന് കാരണം എന്തായിക്കൊള്ളട്ടെ ഇവിടെ ആത്യന്തികമായ ഫലത്തിന് കാരണമായി പറയുന്ന എന്താണോ നിഷേധ ഷ്യകാരം പറയുന്നു ആ നിഷേധ വിജ്ഞാനം ആത്യന്തികമായ ഫലത്തെ നല്ലതും പക്ഷെ ആ നിഷേധ വിജ്ഞാനം ഒരുവനും ഫലപ്രദമാകണമെങ്കിൽ എന്ത് ചെയ്യണം അവനതിനുള്ള യോഗ്യതകളെല്ലാം ആ യോഗ്യതകൾ ഒരാൾ ക്രമേണ സമ്പാദിക്കുന്നു ഒരുവന്റെ അന്ധകരണം ഒരു സുപ്രഭാതീ ശുദ്ധമാകത്തില്ല ജ്ഞാനം എല്ലാത്തിനെയും നിവർത്തിപ്പിക്കുന്നത് ഒരു സുപ്രഭാതത്തിലാണ് ഇവിടെ പറയുന്നു ഏക കാലം ഇത് രണ്ടും ഒന്നാണെന്ന് ധരിച്ച് ധരിക്കരുത് വെളിച്ചത്തിന് ഇരുട്ടിനെ നശിപ്പിക്കുന്നതിന് കാലതാമസമില്ല വേറൊപായത്തിൻ്റെ ആവശ്യമില്ല വെളിച്ചം പ്രകാശിക്കുന്നു ഇരുട്ട് അവിടെ നശിച്ചിരിക്കും ആ ഒരു കാര്യത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇതുകൊണ്ട് മറ്റൊന്നിനെയും നിഷേധിക്കുന്നില്ല പക്ഷെ അവിടെ വെളിച്ചത്തെ പ്രകാശിപ്പിക്കുന്നത് ലൌകികമായ ദൃഷ്ടാന്തത്തിൽ തന്നെ വെളിച്ചത്തെ പ്രകാശിപ്പിക്കണമെങ്കിൽ വിളക്ക് വേണം എണ്ണ വേണം തിരി വേണം തീപ്പട്ടി വേണം ബലതും വേണം അതിനെയാണ് സാധനസമ്പത്തി എന്ന് പറയുന്നത് സാധനസമ്പത്തി എന്ന് പറയുന്നത് ആണ് വാസ്തവത്തിൽ ക്രമമായി സംഭവിക്കുന്നത് ഭേദനിവൃത്തിയാണ് ജ്ഞാനവും ഭേദ നിവൃത്തിയും യുഗ ഏകകാലത്ത് സംഭവിക്കുമ്പോൾ സാധനസമ്പത്തി കാലം കൊണ്ടേ സംഭവിക്കത്തുള്ളൂ അതുകൊണ്ടാണ് ആചാര്യന്മാരെല്ലാം സാധന സമ്പത്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നു അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാൻ എന്താണ് ഈ പറയുന്ന കാര്യം ശാസ്ത്രം ഇവിടെ ഇപ്പൊ ബോധിപ്പിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഉപനിഷത്ത് ഭാഷ്യം ബോധിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അത് അതിനുള്ള യോഗ്യത ഗ്രഹിക്കുന്നതിന് യോഗ്യത ഉള്ളവരിൽ മാത്രമേ ഇത് ഫലവത്താകത്തുള്ളൂ ഈ പറയുന്ന കാര്യം അന്ധപ്രജ്ഞത്വാദി നിവൃത്തി സമകാലമേവ പ്രമാതൃത്വാദി ഭേദ നിവൃത്തി എന്ന് പറയുന്ന ഈ കാര്യം അതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം അത് മുഖ്യമാണ് യോഗ്യതയോ അത് ഒരുപക്ഷെ ഒരാൾക്ക് അനേക കാലം കൊണ്ടായിരിക്കും അത് ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് ഇത് രണ്ടും ഒന്നാണെന്ന് നമ്മൾ ധരിച്ചു കളയുന്നു ശാസ്ത്രൻ രണ്ടു തരത്തിൽ ബോധി ചിലപ്പോ അതിന്റെ പരമാവധിയെ വെളിപ്പെടുത്തും നേരിട്ട് വന്നു അതാണ് കൂടെ പറയുന്നത് നാന്ദപ്രജ്ഞം നബഹിപ്രജ്ഞം തത്വമസി പരമാവധിയിൽ യാതൊരു ഉപാധിയും കൂടാതെ പ്രകാശിപ്പിക്കുകയാണ് അതേതുപോലെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരാള് എവറസ്റ്റിന് കയറാൻ ശ്രമിച്ചു പലതവണ ശ്രമിച്ചിട്ടും വിജയിച്ചില്ല അവസാനം ഒരു ഹെലികോപ്റ്ററിൽ കയറി അതിന്റെ ഉച്ചിയിലിറങ്ങി വളരെ അനായാസമായി കാര്യം സാധിച്ചത് അതുവരെ പല വഴിക്കും ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് നിമിഷം കൊണ്ട് സാധിച്ചത് അങ്ങനെ അത് സാധിക്കുമെന്നറിയത്തില്ല പക്ഷെ അങ്ങനെ സാധിച്ചൊന്ന് സങ്കല്പിക്കും അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത് പലതവണ അത് പരിശ്രമിച്ച് പല വഴിക്കും യാത്ര തിരിച്ചവന് മാത്രമേ അവസാനം ഈ വഴിയിൽ അവിടെ എത്താൻ പറ്റൂ അല്ലാത്തവനും പറ്റത്തില്ല കാരണം എന്താണ് അവിടെ അവിടെ പിടിച്ചു നിൽക്കണം അവിടത്തെ തണുപ്പും അവിടത്തെ പ്രതികൂലതകളെല്ലാം അതിജീവിച്ച് അവിടെ നിൽക്കണമെങ്കിൽ ഹൈഎവറസ്റ്റുമായിട്ട് നല്ല പരിചയമുള്ളവനെ പറ്റൂ അല്ലാത്തവനും പറ്റത്തില്ല ഇനി അത്ര ഒരു പരിശ്രമവും ചെയ്യാത്ത ഒരാളെ നേരെ എവറസ്റ്റിന്റെ മുകളിൽ തൂക്കി ഇറക്കി എന്ന് വിചാരിക്കുക അയാൾ ഉടൻ ചേർത്തു അവിടുത്തെ കാലാവസ്ഥയും അവിടുത്തെ പ്രതികൂലങ്ങളെയും അയാൾക്ക് അതിജീവിക്കാൻ പറ്റത്തില്ല കാരണം അയാളുടെ ഭാഗത്ത് പരിശ്രമങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഈ നമ്മൾ മുകളിലോട്ട് കയറുന്ന ആ പരിശ്രമങ്ങളാണ് ഇവിടുത്തെ മറ്റെല്ലാ സാധനങ്ങളും മണ്ടൂക്കി എന്താണ് ചെയ്യുന്നത് അതിന്റെ മേടിക്കൊണ്ട് നമ്മളെ തൂക്കി ഇറക്കുകയാണ് പരിചയമില്ലാത്തവനാണെങ്കിൽ അവിടെ കൂടെ നിന്ന് ചത്തുപോകത്തേ ഉള്ളൂ ഭാഷ്യവും അതാ ചെയ്യുന്നു അവിടെ ഇത് ആ ഒരു ഭാഗത്ത് നമ്മൾ വിസ്മരിക്കുക അതുകൊണ്ട് തന്നെ ഇത് ശ്രവിക്കുന്നതിനും ശ്രവിച്ചാൽ കാര്യം ബോധ്യപ്പെടുന്നതിനും ആൾക്കാർ കുറവാണ് മറ്റുള്ളതിനുള്ളതുപോലെയുള്ള ആൾക്കൂട്ടം അതിനുണ്ടാകത്തിൽ ശ്രമം വേറൊരു ഇവിടെ എന്ത് ചെയ്യുന്നു വിശ്രമമല്ല ഇവിടെ അവസാനിക്കും അതിന് ശ്രമം ആവശ്യം ഇത് സിദ്ധമാകുന്നതാണ് പക്ഷേ യോഗ്യത ഒരു പ്രധാനമായ കാരണമാണ് ഈ കാര്യങ്ങൾ അങ്ങനെ വേണം മനസ്സിലാക്കാം മറ്റുള്ളതിനെല്ലാം നിഷേധിച്ചിട്ടില്ല മറ്റുള്ള എല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ട് ഇതതിന്റെ അവസാനമായി മനസ്സിലാകും അത്രയൊരു കാര്യമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് ഇനി ഇത് ഒരാൾക്ക് പിടികിട്ടുന്നില്ലെങ്കിലോ ഒരാളെ ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്ന് നേരെ തൂക്കി മേണ്ടിറക്കി അയാൾക്ക് അവിടെ നിൽക്കാൻ വഴിയില്ലെങ്കിൽ എന്താണ് ഒരേ ഒരു വഴി പെട്ടെന്ന് താഴോട്ട് ഇറങ്ങുക എന്നുള്ളതാണ് നേരെ താഴോട്ട് അവിടെ നിന്ന് താഴോട്ട് നിരങ്ങുക ഹിമാലയത്തിന്റെ ചുവട്ടിൽ വരും അതേ ഉള്ള ഒരു വഴി അപ്പോ ഇതിന് രണ്ടിന് സ്ഥാനം ശാസ്ത്രം ചിലപ്പോ താഴെ നിന്ന് പതുക്കെ പതുക്കെ പിടിച്ച് മേളോട്ട് കേറ്റിക്കൊണ്ടുപോകും അപ്പൊ അവിടെ എല്ലാം തീരും എല്ലാ സാധനങ്ങൾക്കും ഓരോരോ തലങ്ങളിലും നിലനിൽപ്പ് വരും ചിലപ്പോൾ അങ്ങനെ അല്ല ഇങ്ങനെ കയറിപ്പോകുന്ന പലരെയും കാണുമ്പോൾ ഇവരധികം കഷ്ടപ്പെടുത്തുന്ന വിചാരിച്ചിട്ട് അത് ആ പരമാവധിയെ വെളിപ്പെടുത്തും എന്നതാണ് അത് സ്വീകരിക്കുന്നതിനുള്ള ഈശ്വരകൃപ ഉള്ളവർക്ക് അത് സ്വീകരിക്കാം എല്ലാത്തിനും മാതാദിന്റെ സ്ഥാനങ്ങളുണ്ട് ഇത് മറ്റൊന്നിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടല്ല ഇതിൽ മറ്റെല്ലാം അന്തർഭവിക്കുന്നു നമ്മൾ ഇതിൽ പഠിച്ചല്ലോ യാനർത്ഥ ഉദവാനെ സമ്പ്രദോ ബ്രാഹ്മണസി വിജാന ആ ജ്ഞാനിയായ ബ്രാഹ്മണന്റെ ആ ജ്ഞാനത്തിൽ സർവം അന്തർഭവിക്കുന്നു എന്ന് പറഞ്ഞത് വേറെ തരത്തിൽ ഞാനിപ്പോ പറഞ്ഞു ഞാനിത് പറയുന്നത് ഇനിയിപ്പടുത്ത് പറയാൻ പോകുന്ന ഇതിലും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ ഇപ്പോൾ ഭാഷകാരൻ പറഞ്ഞു തഥാജ്യതി ആ സത്യം പ്രകാശിക്കുമ്പോ ദ്വൈതത്തിന് യാതൊരു പ്രകാശിക്കുന്നു നിഷേധ പ്രമാണത്തിലൂടെ അതാണ് ഇവിടെ പറയുന്നത് ഇവിടെ അതിന്റെ സന്ദർഭമാണ് അതുകൊണ്ട് അതങ്ങനെ പറയും പിന്നീട് മറ്റൊന്നിനും മറ്റ് സാധനങ്ങൾക്കും മറ്റ് സാധ്യങ്ങൾക്കും ഒന്നിനും അവിടെ നിലനിൽക്കുന്നു അതിനെല്ലാം അപ്രത്യക്ഷമാകുന്നു നവിദ്യതെ നിലനിൽക്കുന്നെല്ലാം അപ്രത്യക്ഷമായി പോകുന്നു ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഞാൻ ആ ജ്ഞാനത്തിന്റെ മഹത്വം ഇതാണ് സർവ്വദ്വൈത ഉപശമം അവിടെ സംഭവിക്കുന്നു അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലായിരിക്കില്ല ആ ശ്രോതാവ് ബന്ധനത്തിൽ നിന്നും മുക്തനാകുന്നു എന്നേ അതിനർത്ഥമുള്ളൂ ഇവിടെ പറയുന്നതിനർത്ഥം അല്ലാതെ നമ്മുടെ മുമ്പിൽ നിന്നും ദൃശ്യങ്ങളെല്ലാം മറഞ്ഞു എന്നുള്ള അർത്ഥമാണ് അതിനു മുമ്പ് പറഞ്ഞല്ലോ ദൃശ്യങ്ങൾ മറിയണമെങ്കിലും ഉറങ്ങിയാകും അല്ലെങ്കിൽ സമാധി ശീലിച്ചതിലിരുന്നാമോ അവന് ശ്രവണത്തിന്റെ ആവശ്യം ശ്രവണം അങ്ങനെയല്ല ബന്ധനത്തിൽ നിന്ന് അവന് മുഗ്ധനാകുന്നു ബന്ധിക്കുന്ന സർവവും നിലനിൽക്കെ തന്നെ അതിൽ നിന്ന് അവന് സ്വതന്ത്രമാകുന്നു അതാണ് ആ ജ്ഞാനത്തിന്റെ മഹത്വം ഇവിടെ പറഞ്ഞ് പ്രതിഷേധ വിജ്ഞാന പ്രമാണം എന്ന് പറഞ്ഞ ആ ജ്ഞാനത്തിന്റെ മഹത്വം അതാണ് ആ ജ്ഞാനത്തെക്കുറിച്ച് ആ ജ്ഞാനത്തിന് തടസ്സമായിരിക്കും ആ ജ്ഞാനപ്രാപ്തിക്ക് നമുക്ക് തടസ്സമായിരിക്കുന്ന എന്താണോ ആ ജ്ഞാനത്തെക്കുറിച്ചുള്ള നമ്മുടെ തന്നെ സങ്കല്പങ്ങളാണ് ജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ ധരിച്ചിരിക്കുന്ന എന്താണ് നമ്മളൊരാളെ കുറിച്ച് പറയുന്നു അയാൾ ജ്ഞാനിയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സങ്കല്പം എന്താണ് അയാളെപ്പോഴും ഒരു ജ്ഞാനവുമായിട്ട് നടക്കുകയാണ് ഏത് സമയവും അയാളൊരു ജ്ഞാനം ഇരിക്കും അതൊരു വലിയ ജ്ഞാനമാണ് അല്ലെങ്കിൽ ഒരു നീണ്ട ജ്ഞാനമാണെന്നും പറയാം ഞാൻ കഴിഞ്ഞ വർഷം കണ്ടപ്പോൾ അയാൾ ജ്ഞാനിയായിരുന്നു ഈ വർഷവും ജ്ഞാനിയാണ് വരുന്ന വർഷങ്ങളിലും അയാൾ ജ്ഞാനിയായിരിക്കണമെങ്കിൽ എന്ത് വേണം കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും വരുന്ന വർഷങ്ങളെയും ഒക്കെ ബന്ധപ്പെടുത്തുന്ന ഒരു നീണ്ട ജ്ഞാനം ഇയാളിരിക്കണം അങ്ങനെ ആയാലേ നമ്മളയാൾ ജ്ഞാനിയെന്ന് അംഗീകരിക്കത്തുള്ളൂ ജ്ഞാനിയെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ കൊണ്ട് തന്നെ എന്താണ് നമുക്ക് ജ്ഞാനിയായിട്ട് അംഗീകരിക്കാൻ കാരണം ഞാൻ ചിരിച്ചാൽ ഞാനും പോയി കരഞ്ഞാൽ ഞാനും പോയി ഉണർന്നിരുന്നാൽ ഞാനും പോയി ഉറങ്ങിയാൽ ഞാനും പോയി ഇവിടെയൊക്കെ ഞാനെങ്ങനെ ഇരിക്കുമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോ ഞാനത്തെ കുറിച്ചുള്ള ഈ സങ്കല്പങ്ങൾ വച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഞാനിയായിട്ടാരും അംഗീകരിക്കാൻ പറ്റത്തില്ല കാരണം ഉറങ്ങുകയും ഉണരുകയും ചിന്തിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നവരങ്ങനെ ജ്ഞാനമാകും അവൻ എന്തെങ്ങനെ ജ്ഞാനം നിൽക്കും അവനെങ്ങനെ ജ്ഞാനിയാകും പരമാവധി നമുക്ക് ജ്ഞാനിയെക്കുറിച്ച് സങ്കല്പിക്കാം എന്നുള്ളത് എന്താണോ ഈ പ്രപഞ്ച വ്യവഹാരങ്ങളെല്ലാം ഒഴിഞ്ഞ് പ്രപഞ്ചത്തെ വിസ്മരിച്ച് ഉണരാതെ ഉറങ്ങാതെ സമാധിയിലിരിക്കുന്നവരാണ് അവരെ നമ്മൾ ായിട്ട് അംഗീകരിക്കും പരമാവധി ചെന്നു പക്ഷെ അങ്ങനെ ഒരാൾ എവിടെയായിരിക്കുന്നത് ചില പുസ്തകങ്ങളിലൊക്കെ പറയുന്നുണ്ട് പിന്നെ ചിലർ പോയി അന്വേഷിക്കാറുണ്ട് ഏതെങ്കിലും ഗുഹയിലിരിക്കണ്ടോ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടാൻ പറ്റുമോ അങ്ങനെ ഒരാളിനെ അതിനുള്ള സാധ്യത പ്രേതത്തെ പോലെ ഇരിക്കുന്ന ഒരാളിനെ ഏതെങ്കിലും ഗുഹയില് ഉണരാനേ പാടില്ല ഉറങ്ങാനും പാടില്ല അങ്ങനെ ഇരിക്കുന്നവരെ കാണാൻ പ്രയാസമാണ് കണ്ടുകൂടായികയില്ല എന്തായാലും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു ജ്ഞാനി എന്നുവെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ജ്ഞാനിന്ന് പറഞ്ഞാൽ സമാധി ഇരിക്കുന്ന ആള് കാരണം അപ്പോൾ ഞാനവിടെ ഇളകാതിരിക്കും ഉറച്ചിരിക്കും ഞാൻ സമാധിക്ക് ഭംഗം വന്നാൽ ഞാനതിന് ഭംഗം വന്നു അല്ലെങ്കിൽ പിന്നെ നമ്മൾ ജ്ഞാനികളായി കണക്കുന്നത് റോഡിലൊക്കെ അറിഞ്ഞു കിടക്കുന്ന ഭ്രാന്തന്മാരാണ് നമ്മളെ സംബന്ധിച്ച് ജ്ഞാനികൾ നമ്മൾ പറയാതെ അവധൂതനാണ് നമ്മളെപ്പോലല്ലാത്തത് കൊണ്ട് നോർമൽ അല്ലാത്തതുകൊണ്ട് ജ്ഞാനി എന്ന് കിട്ടും രണ്ട് തരക്കാരാണ് നമ്മൾ ജ്ഞാനിയായിട്ട് കാണും അപ്പൊ ജ്ഞാനത്തിനെ കുറിച്ച് ഇവിടെ പറയുന്നെന്താണ് ജ്ഞാന ദുരിത നിവൃത്തി ക്ഷണം വിതിരയുകയാണ് ക്ഷണാന്തരാനവസ്ഥാന എന്ന് പറഞ്ഞാൽ എന്താണ് ജ്ഞാനിക്കൊരിക്കലും ജ്ഞാനത്തിന്റെ ഭാരം ചുമക്കേണ്ടതായി വരത്തില്ല ജ്ഞാനത്തിന്റെ ഭാരം ചുമന്നുകൊണ്ട് നടക്കുന്നവരുണ്ടല്ലോ അതല്ല ജ്ഞാനിന്നിവിടെ പറയുന്നു ഇവിടെ പറയുന്ന എന്താണ് ആ പ്രതിഷേധ വിജ്ഞാനം നാന്തപ്രജ്ഞം നബിപ്രജ്ഞം ആ വിജ്ഞാനം നേരത്തെ പറഞ്ഞു ക്രമാതൃത്വാദി ഭേദത്തെ നിവർത്തിപ്പിക്കും തന്റെ വാസ്തവ സ്വരൂപത്തെ തന്റെ അല്ലെങ്കിൽ ആ കുര്യന്റെ പ്രകാശനത്തിന് തടസ്സമാണെന്ന് കരുതിയിരുന്നവള അതിനെ തടസ്സപ്പെടുത്താവുന്നതിന് സാധ്യമല്ല പക്ഷെ അതിന് തടസ്സമാണെന്ന് കരുതിയിരുന്ന പ്രാജ്ഞ തൈജസ്സ വിശ്വഭേദങ്ങളെല്ലാം നിവർത്തിപ്പിക്കും നാം ദ്വൈതം നിവൃത്തിക്കും അതാണ് ജ്ഞാനത്തിന്റെ ജോലി അത് നിവൃത്തി നിവൃത്തിച്ചു കഴിഞ്ഞാൽ അത് നിവർത്തിക്കുന്ന ഒരു ക്ഷണം എന്ന് പറയുന്നത് എന്താണ് ജ്ഞാനത്തിന്റെ ഉത്പത്തിക്ഷണം ഉപത്തി എന്ന് പറഞ്ഞാലും ഉടനെ നമ്മുടെ മനസ്സിൽ എന്താണ് ഒരു ജനനം ഒരു കുഞ്ഞ് ജനിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു വൃക്ഷം വളരുന്നത് പോലെ അങ്ങനെയുള്ള ഒരു ജനനമൊന്നും ഇവിടെ പ്രതീക്ഷിക്കരുത് അങ്ങനെ ഒരു ജനനത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത് എന്നാലും പറയാൻ ഒരു വാക്ക്പയോഗിച്ചതെന്ന് പറയും ജ്ഞാനത്തിന്റെ ഉത്പത്തിക്ഷണം ഏതൊരു ക്ഷണമാണോ ഇവനിൽ നിന്ന് ഈ മോഹം മാറുന്നത് താൻ ഇന്നതിന്നതൊന്നും അല്ല തന്റെ സങ്കല്പങ്ങളിൽ താൻ കാണുന്നതൊന്നും അല്ല താൻ എന്ന് ഏതൊരു നിമിഷമാണോ ഒരുവൻ ബോധിക്കുന്നത് അതാണ് ദ്വൈത നിവൃത്തി ക്ഷണം അതിനപ്പുറം പിന്നെ ജ്ഞാനത്തിന് പ്രസക്തിയിട്ടവിടെ ഞാൻ ആ ക്ഷണം ബെതിരേഖ ക്ഷണാന്തര അനവസ്ഥാന അതിന് അടുത്തൊരു ക്ഷണം കൂടി ജ്ഞാനത്തിൽ നിൽക്കേണ്ട ആവശ്യമുണ്ട് എന്നിട്ട് ജ്ഞാനം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇങ്ങനെ നീണ്ടുപോകുന്ന ഒരു കാര്യമില്ല ഏതൊരു സമയമാണോ ഈ പ്രതിഷേധ വിജ്ഞാനം ആ ബോധ്യപ്പെടൽ അവനിൽ സംഭവിക്കുന്നത് അടുത്ത നിമിഷം പിന്നെ ജ്ഞാനത്തിനൂടെ യാതൊരു നിലനിൽക്കുമില്ല എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു കാരണം ഈ ജ്ഞാനവും ഈ ദൈതത്തിൽപ്പെടുന്നതാണ് ദുരിത നിവൃത്തിയെന്ന് പറയുമ്പോൾ ആ ജ്ഞാനവും അത് നിവർത്തിച്ചേ പറ്റൂ ജ്ഞാനത്തിനോട് നിലനിൽക്കാൻ സാധ്യമല്ല ഏതൊരു ജ്ഞാനമാണോ ഈ ദുരിതത്തെ നിവർത്തിപ്പിച്ചത് ഇതൊന്നും അല്ല എന്ന് തന്റെ സ്വരൂപത്തെ ആന്തരികമായി തനിക്ക് ബോധ്യപ്പെടുത്തിയത് ആ ക്ഷണത്തിന് അപ്പുറം ആ ജ്ഞാനത്തിന്റെ ആവശ്യപ്പെട്ടു ആ ജ്ഞാനം നിലനിൽക്കുന്നില്ല എന്തുകൊണ്ട് അമനൻ ആ ജ്ഞാനത്തിന്റെ ആവശ്യം ഈ ഭ്രാന്തിയെ നശിപ്പിക്കലായിരുന്നു ഞാൻ ഇന്നതിന്നതൊക്കെയാണ് എന്നുള്ള ആ ഭ്രാന്തി നശിപ്പിക്കുക ആ ഭ്രാന്തി നശിപ്പിച്ചു കഴിഞ്ഞാൽ ആ ജ്ഞാനം ഭാഗമായിട്ടാണ് ഉണ്ടായത് കാരണം ഞാനും ഉത്പന്നമായതാണ് നിത്യമായിരിക്കുന്ന ആത്മാവനും തുരിയനും ഒന്നും ഉത്പന്നമാകാൻ ജ്ഞാനം ചെയ്യുന്ന എന്താണ് അതിനുള്ള ഭ്രാന്തി ഇല്ലാതാക്കുകയാണ് ആ ഭ്രാന്തി ഇല്ലാതാക്കുമ്പോൾ ആ ജ്ഞാനവും അതിനോടൊപ്പം തന്നെ പോയി പിന്നീട് അടുത്തൊരു ക്ഷണം ജ്ഞാനം നിൽക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നിൽക്കുന്നുവെന്ന് കരുതിയാൽ അവിടെ ദോഷവും വരും ഒരാൾ നീണ്ട ഒരു ജ്ഞാനവുമായി ജീവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ജ്ഞാനി അല്ല ജ്ഞാനി എന്ന് പറയുന്ന ശബ്ദത്തിന് സദാ ജ്ഞാനവും കൊണ്ട് നടക്കുന്നുവെന്നുള്ള ഒരർത്ഥമല്ല അങ്ങനെ ഒരർത്ഥമല്ല ഉദ്ദേശിക്കുന്നത് ഏതൊരു ജീവനിലാണോ ആ വിജ്ഞാനം കൊണ്ട് അജ്ഞാനം ഇല്ലാതായത് അതാണ് ആ ജീവനാണ് കൂടെ ജ്ഞാനി എന്ന് പറയുന്നത് ആജ്ഞാനാശം ഒരിക്കൽ സംഭവിച്ചുകഴിഞ്ഞാൽ പിന്നീട് ജ്ഞാനത്തിന്റെ ആവശ്യമില്ല ജ്ഞാനവും അജ്ഞാനകാര്യമാണ് അജ്ഞാന നാശത്തോടൊപ്പം ആ ജ്ഞാനവും നശിക്കുന്നു അസാധാരണം പറയാറുണ്ടല്ലോ വിദ്യയുണ്ട് അവിദ്യ നശിക്കുന്നു ആ പിന്നീട് ഉപയോഗ ശൂന്യമായി തീരുന്നു നദി കിടക്കുന്നതിനാണ് ഉള്ള ഉപായം മാത്രമാണ് വള്ളം ോണി ചങ്ങാടം ഇതല്ല അത് കടന്നു കഴിഞ്ഞാൽ പിന്നെ ചങ്ങാടം എടുത്ത് തെളിയിപ്പിടിക്കേണ്ട കാര്യം ചുമക്കേണ്ട കാര്യം വരുന്നില്ല അതുപോലെ ഭേദ നിവൃത്തിക്കുള്ളതാണ് ജ്ഞാനം ജ്ഞാനം അതിന്റെ കാര്യത്തെ നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ജ്ഞാനം അതിന് നിലനിൽക്കണം അതുകൊണ്ട് അതിന് ഉത്പത്തിക്ഷണം അത് മാത്രമേ ഉള്ളൂ രണ്ടാമതൊരു ക്ഷീണത്തിന് ജ്ഞാനം നിൽക്കുന്നുണ്ട് അപ്പോ വെച്ചാൽ ജോലി അപ്പോ ജ്ഞാനിമാർ അവർ പ്രസംഗിക്കുന്നു എഴുതുന്നു ഭാഷകാരൻ തന്നെ ഇത്രയും എഴുതിയിരിക്കുന്നു ശിഷ്യന്മാർക്ക് ഉപദേശം കൊടുക്കുന്നു ഇതെല്ലാം എങ്ങനെ സംഭവിക്കുന്നു അതിന് നേരത്തെ പറഞ്ഞു പലതവണ പറഞ്ഞിട്ടുണ്ടെന്നാണ് അതിനാണ് പ്രാരബ്ധെന്ന് വിളിക്കുന്നത് നശിച്ചാലും സളവ് അനുവർത്തിക്കുന്നു നശിച്ചത് ആ നശിച്ച രൂപത്തിൽ എന്തും അനുവർത്തിക്കാം എന്തൊക്കെ അവരുടെ പ്രാരബത്തിലുണ്ടായതെന്നും അതെല്ലാം അനുവർത്തിക്കും ജ്ഞാനമായിട്ടോ അജ്ഞാനമായിട്ടോ എല്ലാം അനുവർത്തിക്കാം അതൊന്നുമല്ല ഒരു വന്ന ജ്ഞാനിയാക്കുന്നത് ജ്ഞാനിയാക്കി എന്താണോ ആ ശ്രവണത്തിൽ നിന്നും അയാളിൽ സംഭവിച്ച ആ ഭേദം നിവർത്തിക്കും കാരണമായ ആ ജ്ഞാനം അതിന്റെ നാശത്തിന് ശേഷം പിന്നെ എന്തെല്ലാം അനുവർത്തിക്കുന്നുണ്ടോ അയാളുടെ ശരീരം മനസ്സ് ആ മനസ്സിൽ വരുന്ന ജ്ഞാനവും അജ്ഞാനവും വികാരങ്ങളും വിചാരങ്ങളും എല്ലാം അത് ജ്ഞാനത്തിന് അയാളുടെ മോക്ഷത്തിന് ഇതൊന്നും തടസ്സമല്ല അണ്ട് മോക്ഷത്തെ ഭഞ്ചിക്കുന്നതിൽ ഇതിനൊന്നും തന്നെ ശേഷി കാരണം എന്തുകൊണ്ട് അജ്ഞാനം എന്നു അവിടെയും സംശയം വരാം നമ്മൾ സാധാരണ കാണാറുണ്ടെന്താണ് ഒരു വെളിച്ചം കൊടുക്കുന്നു ഇരുട്ട് മാറുന്നു വെളിച്ചം അണയുമ്പോൾ വീണ്ടും ഇരുട്ട് വരും അതുപോലെ ജ്ഞാനം ശ്രുതി നമ്മളീ അതാണ് നമ്മൾ എല്ലാ ദിവസവും ജ്ഞാനിയാവും പിറ്റേ ദിവസം അജ്ഞാനിയാവും ഇതല്ലേ വാസ്തവത്തെ സംഭവിക്കത്തുള്ളൂ ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ചു കഴിഞ്ഞ് ജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ വീണ്ടും അജ്ഞാനം വന്നൂടി അദ്വൈതം ആണ് പരമാർത്ഥം അതിലത് സംഭവിക്കത്തില്ല ദ്വൈതത്തിൽ സംഭവിക്കുക അതാണ് നമ്മളിന് സംഭവിക്കുന്നത് ദ്വൈതത്തിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നു ഇവിടെ അനേക വെളിച്ചങ്ങളും അനേക ഇരുട്ടുകളും ഒരു വെളിച്ചം ഒരു ഇരുട്ടിനെ നശിപ്പിക്കും അങ്ങനെ അനേക വെളിച്ചങ്ങളും അനേക ഇരുട്ടുകളെ നശിപ്പിക്കുന്നു വീണ്ടും ഇരുട്ട് ഉണ്ടാകുന്നു ഇതൊക്കെ സംഭവിക്കുന്നു അദ്വൈതത്തിൽ അനേകമില്ല ഇവിടെ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഒന്നേയുള്ളൂ എന്നാലും താൻ അജ്ഞനായിരിക്കുന്നു എന്നുള്ള അനുഭവം ഉള്ളതുകൊണ്ട് നമുക്ക് രണ്ടിനെ കാണാം എന്താണ് ആത്മാവും അവന്റെ മോഹവും ആ മോഹം ഏകമാണ് അജ്ഞാനം അത് ജ്ഞാനപ്രകാശം കൊണ്ട് ദശിച്ചു കഴിഞ്ഞാൽ ഇതിവിടെ രണ്ടാമത് വരാനായിട്ടൊരു അജ്ഞാനമില്ല ഇല്ലാത്തതുകൊണ്ട് തന്നെ പിന്നീട് അജ്ഞാനം അവനെ പിടികൂടുന്നില്ല മറ്റൊരു ജ്ഞാനത്തിന്റെ ആവശ്യം അതുകൊണ്ട് എന്നും എന്നും നമ്മൾ ജ്ഞാനത്തെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ ജ്ഞാനിയും അജ്ഞാനിയും ആയിക്കൊണ്ടിരിക്കുന്ന എന്തുകൊണ്ട് നമ്മൾ ജ്ഞാനിയാകുന്നത് നമ്മുടെ സങ്കല്പത്തിലുള്ള ജ്ഞാനിയാണാകുന്നത് നമ്മൾ അജ്ഞാനിയാകുന്നതോ നമ്മുടെ സങ്കല്പത്തിലുള്ള അജ്ഞാനിയാകുകയോ നമ്മുടെ സങ്കല്പത്തിന്റെ സൃഷ്ടിയാണ് നമ്മുടെ ജ്ഞാനവും അജ്ഞാനവും ഇവിടെ പറയുന്ന നമ്മുടെ സങ്കല്പത്തിലുള്ള സൃഷ്ടിയെക്കുറിച്ചല്ല ശ്രുതി ബോധിപ്പിക്കുന്ന ജ്ഞാനത്തെക്കുറിച്ചാണ് പറയും മുമ്പ് പറഞ്ഞല്ലോ ജ്ഞാനിയെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് ഒരുപാട് സങ്കല്പങ്ങളുണ്ട് അത് പലതും ഭ്രാന്തമായ സങ്കല്പങ്ങളാണ് ഒട്ടുമുക്കാല ആ ഭ്രാന്തമായ സങ്കല്പങ്ങളുടെ സാക്ഷാത്കാരം നമ്മളിൽ സംഭവിക്കുമ്പോൾ നമ്മൾ കരുതുന്നു ഞാൻ ജ്ഞാനിയായി എന്ന് കരുതുന്നു അന്ന് ശ്രുതി ബോധിപ്പിച്ച അന്നങ്ങൾ ശ്രുതി ബോധിപ്പിച്ചപ്പോ നമ്മൾ ബോധിച്ചതല്ല ശ്രുതി ഒന്ന് ബോധിപ്പിച്ചു നമ്മൾ നമ്മുടേതായ രീതിയിൽ ദേവന്മാരും അസുരന്മാരും പോയി ഉപദേശം സ്വീകരിച്ചത് ബോധിപ്പിക്കുന്നതുകൊണ്ട് ബോധ്യപ്പെടണമെന്നൊന്നുമില്ല ഇവിടെ എന്താണ് പറയുന്നത് ജ്ഞാനത്തെ സംബന്ധിച്ച് ശ്രുതി എന്താണ് പറയുന്നത് നിങ്ങളോട് ജ്ഞാനത്തെ ആർജിക്കാനല്ലേ പറയുന്നു നിങ്ങളുടെ ഭ്രാന്തിയെ നിവർത്തിപ്പിക്കാനാണ് പറയുന്നത് എന്തിനെങ്കിലും നേടുന്നതിനുള്ള ഒരു അറിവ് ശ്രുതി തരികയല്ലേ ഭേദത്തെ നിവർത്തിപ്പിക്കുന്നതിന് നിങ്ങളെ ബോധിപ്പിക്കുന്നേ ആ ഭേദ നിവൃത്തിയിൽ ആ ബോധ്യപ്പെടലിലൂടെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് ജ്ഞാനത്തിന്റെ ആവശ്യമില്ല കാരണം പിന്നീട് ഇവിടെ ഭേദമില്ല നിവൃത്തിച്ചാൽ തന്നെ എങ്ങനെയാണ് ഭേദമുണ്ടാകുന്നു അതുകൊണ്ടിവിടെ പറയുന്നു ജ്ഞാനസീദ്വൈത നിവൃത്തി ക്ഷണം വ്യതിരേഖീണ ഈ ജ്ഞാനം ശ്രുതി ശ്രവണം കൊണ്ടുണ്ടാകുന്ന ജ്ഞാനം ആ ജ്ഞാനം വളരെ സ്പഷ്ടമായ ജ്ഞാനമാണ് എന്താണോ വിശ്വ തേജസ്വ പ്രാജ്ഞരൂപത്തിൽ മാറി മാറി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അനുഭവങ്ങളിൽ മാറാതെ അടുത്ത് അതിനെക്കുറിച്ച് വീണ്ടും പറയും ബോധരൂപത്തിൽ എങ്കിൽ അറിവായി സ്വയം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത് ആണ് സത്യം ബാക്കി എന്തൊക്കെ മാറി മാറി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുവോ അതൊന്നും പരമാർത്ഥമല്ലാതെ ഭ്രാന്തമാണ് ഇതാണ് ഇത് ബോധിപ്പിക്കുന്നത് ആ അറിവിൽ കൽപ്പിച്ചതാണ് ബാക്കി സർവവും ആരോപിക്കപ്പെട്ടതാണ് ബാക്കി സർവവും അറിവാണ് ഇതിന്റെ തനിസ്വരൂപം യഥാർത്ഥ സ്വരൂപം അതാണ് ഇതിന്റെ പാരമാർത്ഥികമായ നില അതൊരിക്കലും മറയുന്നില്ല അത് സദാ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു അതിലെന്തനുഭവപ്പെടുന്നു അതെല്ലാം ആരോപിതമായി അപരമാർത്ഥമായി ഗ്രഹിക്കുക അങ്ങനെ ഗ്രഹിക്കുന്ന അറിവാണ് ഇവിടെ പറയുന്നത് അതങ്ങനെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം ആ ഭ്രാന്തി മാറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഒരറിവിന്റെ ആവശ്യം ഇവിടെ ഇല്ല അതുകൊണ്ട് പറയുന്നു ദ്വൈത നിവൃത്തി ക്ഷണം വ്യതിരയുകയാണ് അങ്ങനെ ഒരു ക്ഷണത്തെ നിങ്ങൾ കൽപ്പിക്കുക ആ ജ്ഞാന പ്രകാശിക്കുന്ന ക്ഷണവും വാസ്തവത്തിൽ അവിടെ ഒരു ക്ഷണമില്ല പക്ഷെ നമ്മൾക്ക് സങ്കല്പിക്കാൻ വേണ്ടി ക്ഷണത്തെ നിങ്ങൾ സ്വീകരിക്കുക അല്ലെങ്കിൽ ശ്രുതി ബോധിക്കുന്നതിന് സ്വയം ബോധ്യപ്പെടുക കല്പനയുടെ ആവശ്യമുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ക്ഷണാന്തര അനവസ്ഥാന ജ്ഞാനം പറയുന്നത് മറ്റൊരു ക്ഷണത്തിൽ നിലനിൽക്കുന്നതല്ല അതും ഭ്രാന്തിയിൽ ഉൾപ്പെട്ട ഒരു കാര്യമാണ് ഭ്രാന്തി നശിക്കുമ്പോൾ അതും നശിക്കുന്നു പക്ഷെ നമ്മുടെ സങ്കല്പത്തിനങ്ങനെയല്ല ഞാൻ സദാ ജ്ഞാനവാനായിട്ടിരിക്കുന്നു ഏതോ ഒരു ജ്ഞാനത്തെയാണ് നിരന്തരം സൂക്ഷിക്കുന്നുണ്ട് നശിക്കാതെ അങ്ങനെ വന്നുകഴിഞ്ഞാൽ ഇവിടെ പറയുന്ന അദ്വൈതബോധമല്ലാതെ ഇവിടെ പറയുന്ന ആത്മമോക്ഷം അതുകൊണ്ട് സംഭവിക്കത്തില്ല സംസാര നിവൃത്തി ദുഃഖ നിവൃത്തിയെന്നൊന്നും പറയുന്ന അതുകൊണ്ട് സംഭവിക്കത്തില്ല അതാണ് അവസ്ഥാനേത അനവസ്ഥാപ്രസംഗാത് ദ്വൈത അനുവൃത്തി നിങ്ങൾ അങ്ങനെ ഒരു ജ്ഞാനത്തെ ബലാത്കാരമായി സ്വീകരിച്ചേ മതിയാവൂ എന്ന് നശിക്കാത്ത ഒരു ജ്ഞാനം ആ ജ്ഞാനം കൊണ്ട് ഞാൻ എന്നും ജ്ഞാനിയായി തന്നെ ഇരിക്കും എന്ന് കരുതുന്നുവെങ്കിൽ അനവസ്ഥാദോഷം വരും എന്തുകൊണ്ട് ജ്ഞാനമുണ്ടായി അജ്ഞാനം എന്ന് വർദ്ധിച്ചു എവിടെ ജ്ഞാനമുണ്ടായത് തുലീയനൻ തുര്യൻ സ്വയം പ്രകാശിച്ച് ജ്ഞാനസ്വരൂപനായിരിക്കെ ആ തുര്യനിൽ മറ്റൊരു ജ്ഞാനമുണ്ടായി ആ ജ്ഞാനം എന്ത് ചെയ്തു ഈ അജ്ഞാനത്തെല്ലാം നശിപ്പിച്ചു ഇവിടെ രണ്ടുപേർ മാത്രം ബാക്കിയായി തുര്യനും തുര്യന്റെ ജ്ഞാനവും തുര്യന് മോക്ഷം താൻ തന്നെ സൃഷ്ടിച്ച ജ്ഞാനത്തെ നശിപ്പിക്കണം അതെങ്ങനെ നശിപ്പിക്കും തുര്യന് വേറൊരു ജ്ഞാനത്തെ സൃഷ്ടിക്കേണ്ടി വരും ആദ്യത്തെ ജ്ഞാനത്തെ കൊല്ലുന്നതിന് വേണ്ടി ആ ജ്ഞാനം വന്ന് ഇതിനെ കൊന്നുകഴിഞ്ഞാലോ കൊന്നവൻ ശേഷിക്കും അവനെ കൊല്ലാൻ വേറൊരു ഞാനും അവനെ കൊല്ലാൻ വേറൊരു ഞാൻ ഇതിങ്ങനെ ദുര്യനിൽ സദാ ജ്ഞാനം സ്ഫിരിച്ചു കൊണ്ടേയിരിക്കും അപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു നീണ്ട ജ്ഞാനം തന്നെ ഒരു ജ്ഞാനത്തിന്റെ ഒരു പരമ്പര തന്നവര് അങ്ങനെ ഈ ജ്ഞാനത്തെ തേടി പോയി ജ്ഞാനത്തിന്റെ പരമ്പരയെ സൃഷ്ടിക്കുന്നവരിൽ ചിലരൊക്കെയാണ് ഈ റോഡ് സൈഡിൽ അവധൂതന്മാരായി അലഞ്ഞിരിഞ്ഞ് കിടക്കുന്നത് എന്നുവെച്ചാൽ ഉറക്കം വരത്തില്ല അങ്ങനെ ഒരു പ്രശ്നം വരും പിന്നീട് ഉറക്കം വരാതിരുന്നുകഴിഞ്ഞാൽ പിന്നെ ഇതായിരിക്കും അവസ്ഥ മനസിന്റെ സമാധനം നഷ്ടപ്പെട്ടു അതാണ് അനവസ്ഥാ പ്രസംഗത്തിന്റെ ദോഷം കാരണം നിരന്തരം ജ്ഞാനം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ ഒരു ജ്ഞാനത്തെ മറ്റൊന്ന് ഞാനും നശിപ്പിച്ചു അതിനെ മറ്റൊന്ന് നശിപ്പിച്ചു ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നാൽ ഈ ജ്ഞാന സന്തതിക്ക് ജ്ഞാന പരമ്പരയ്ക്ക് അവസാനമില്ലാതെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് ഉറങ്ങാൻ പറ്റത്തില്ല അത് തന്നെ സംഭവിക്കുന്നു ഉറങ്ങാതിരുന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്കെന്നെ അറിയാം ഇവിടെ പക്ഷെ അതല്ല ഒരു ദോഷമായിട്ട് പറയുന്നത് താത്വികമായ ദോഷം പറയുന്നത് ദ്വൈതഅത്തി സംഭവിക്കത്തില്ല നേരത്തെ ഞാൻ പറഞ്ഞ അനുഭവത്തിൽ വരാവുന്ന ഒരു ദോഷമാണ് ഇവിടെ പറയുന്ന തത്വചിന്തയിൽ വരുന്ന ദോഷം എന്താണോ തുര്യനിൽ ജ്ഞാനമുണ്ടായി ആ ജ്ഞാനത്തെ നശിപ്പിക്കാൻ മറ്റൊരു ജ്ഞാനമുണ്ടായാൽ അത് നശിക്കും പക്ഷേ ആ ജ്ഞാനം ശേഷിക്കും അപ്പോൾ തുര്യനും തുര്യന്റെ ജ്ഞാനവുമാവും ും ഉള്ളവനാണ് നമ്മള് ജ്ഞാനെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് ജ്ഞാനത്തിൽ നമ്മൾ വേറൊരു ജ്ഞാനത്തെ കൂടെ ഏച്ചുകെട്ടുകയാണ് എന്നിട്ടാണ് പറയുന്നത് ജ്ഞാനിയെന്ന് ജ്ഞാനി എന്ന് പറഞ്ഞാന്റെ അർത്ഥം ജ്ഞാനം അസ്ഥീതി ജ്ഞാനം ഏതൊരുവനാണോ നിലനിൽക്കുന്നത് അവനാണ് ഞാനീ എന്നാണ് ഞാനെവിടെയാ നിലനിൽക്കേണ്ടത് ഈ തുര്യന് ിൽ ജ്ഞാനം നിലനിന്നു കഴിഞ്ഞാൽ തുരീയൻ സ്വയം ജ്ഞാനമായിരിക്കെ തുരീയൻ സ്വയം പ്രകാശിക്കുന്ന അറിവായിരിക്കെ അതിൽ മറ്റൊരു ജ്ഞാനം കൂടെ നിന്നുകഴിഞ്ഞാൽ ആ ജ്ഞാനത്തിന് നമ്മൾ ഒഴിക്കുന്ന എന്താണ് തുര്യന്റെ ജ്ഞാനം എന്ന് പറയും അതാണ് ദ്വൈതം തുര്യൻ തന്റെ ജ്ഞാനവും ദ്വൈതം അന്ന് പുരുത്തി അങ്ങനെ വരാൻ പാടില്ല അതുകൊണ്ട് ഇവിടെ നമ്മൾ ധരിക്കുന്ന ജ്ഞാനീല ജ്ഞാനത്തെ ഇവിടെ അംഗീകരിക്കുന്നത് ജ്ഞാനിയിൽ ഞാനെ സംഭവിക്കാം ജ്ഞാനിയിൽ ഞാനെ സംഭവിക്കുന്നതിന് വേണ്ടിയാണ് ശ്രുതി ശ്രമിക്കുന്നത് ആ ഞാനെ സംഭവിച്ചു കഴിഞ്ഞാൽ ശ്രവണം കൊണ്ട് ആ ദ്വൈത നിവൃത്തി സംഭവിക്കും അത് സംഭവിച്ചാൽ പിന്നെ ഇവിടെ ജ്ഞാനത്തിന്റെ ആവശ്യമില്ല പിന്നെന്തായിരിക്കും ചെറിയ ചോദിക്കും അപ്പോ ഞാന് ജ്ഞാനം വന്നു ജ്ഞാനം നശിച്ചു ഭ്രഹ്മും നശിച്ചു പിന്നീട് എന്താ എന്ന് ചോദിച്ചതിന്റെ താല്പര്യം പിന്നീട് എന്തിനെ ആശ്രയിച്ച് ഞാനീ വ്യവഹാരങ്ങൾ സംഭവിക്കുന്നു എന്നാണ് അജ്ഞനായിരുന്നപ്പോൾ എന്തിനെ ആശ്രയിച്ചാണോ വ്യവഹാരങ്ങൾ സംഭവിച്ചിരുന്നത് ആ ഉപകരണങ്ങളെല്ലാം തുടർന്നും നിലനിൽക്കുന്നു എന്നാൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വേണമല്ലോ അതുകൊണ്ടാണ് പറയുന്നത് ബന്ധ കയറ് പോലെ കരിഞ്ഞ വസ്ത്രം പോലെ എന്നെല്ലാം പറയുന്നത് ആ ഉപകരണങ്ങളെല്ലാം ആശ്രയിച്ചുകൊണ്ട് വീണ്ടും വ്യവഹാരങ്ങളെല്ലാം നടത്തി ഞാൻ എനിക്ക് ജ്ഞാനം പ്രസംഗിക്കുന്നതിന് ജ്ഞാനനാശം തടസ്സമില്ലാന്ന് ചുരുക്കം നമുക്കറിയാമല്ലോ ജ്ഞാനം ഇല്ലാതെയും ജ്ഞാനത്തെക്കുറിച്ച് പ്രസംഗിക്കാമെങ്കിൽ ജ്ഞാനം പ്രാപിക്കാതെ എന്നവരവരെ ജ്ഞാനത്തെക്കുറിച്ച് പ്രസംഗിക്കാമെങ്കിൽ അതിലും അനായാസമായി ദ്വൈതം നിവൃത്തിക്ക് ശേഷം ഒരാൾക്ക് പ്രസംഗിക്കാം എന്നുവെച്ചാൽ ശിഷ്യ ഉപദേശം കൊടുക്കാം മറ്റു കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നു പക്ഷെ അജ്ഞനും ഉറങ്ങിക്കിടക്കുന്നവനും ഈ ജ്ഞാനിന്നമ്മിനും വ്യത്യാസമുണ്ടെന്താണ് ഇവിടെ ദ്വൈതം നിവൃത്തി അത് സംഭവിച്ചിരിക്കുന്നു ഭ്രാന്തി നിവർത്തിച്ചിരിക്കുന്നു സംസാരം നിവർത്തിച്ചിരിക്കുന്നു അതേയോ അതിനപ്പുറം നമ്മൾ മറ്റൊന്നും ജ്ഞാനിയിൽ കൂട്ടിച്ചേർക്കണ്ട ജ്ഞാനി എന്നുള്ള ശബ്ദം പ്രയോഗിക്കുന്നെങ്കിലും നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ് ജ്ഞാനിയുള്ള പരമാർത്ഥം ജ്ഞാനമാണ് അതാണ് മനസ്സിലാക്കേണ്ടത് ജ്ഞാനി എന്ന് പറയുന്നത് വേറെ തരത്തിൽ പറയുന്നതാണ് ജ്ഞാനി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആരോപണം മാത്രമാണ് അജ്ഞൻ ആരോപിക്കുന്നതാണ് ഈ ജ്ഞാനി എന്ന് പറയുന്നത് അവിടെ എന്താ പരമാർത്ഥത്തിലുള്ളത് ജ്ഞാനം മാത്രം അല്ലെങ്കിൽ തുരിയൻ മാത്രം സച്ചിദാനന്ദം മാത്രം ബ്രഹ്മം മാത്രം ആത്മാവ് മാത്രം അതേ ഉള്ളു നിന്റെ അജ്ഞത കൊണ്ട് ആരോപിക്കുകയാണ് എന്താണ് അതിനൊരു ജ്ഞാനിത്വത്തെ ആരോപിക്കുകയാണ് അതാണ് ഇനി മുമ്പോട്ട് എഴുതുമ്പോൾ പറയും എന്താണ് ഗുരുടെ യുവശിഷ്യ എന്നെല്ലാം പറയും ഗുരുവുമല്ല ശിഷ്യനും അല്ല എന്നൊക്കെ പറയുമ്പോൾ എന്റെ തികച്ചും താത്വികമായ മാത്രം മനസ്സിലാക്കണം ഗുരുവിനും ശിക്ഷനും ആവശ്യമില്ലാത്തതെന്നുള്ളതല്ല ശ്രുതി എന്ന് പറയുന്നത് ഗുരുവിലൂടെ അന്നെ നടക്കുന്നത് ശ്രുതി സ്വയം വന്ന് പ്രത്യക്ഷപ്പെടുന്നതല്ല നിരാലംബമായി ഗുരുവിലൂടെയാണ് ശ്രുതി പ്രത്യക്ഷപ്പെടുന്നത് ഗുരു ഇല്ലാതെ കാര്യം നടക്കത്തില്ല ഞാനില്ലാത്ത കാര്യം നടക്കത്തില്ല അവിടെയും നമ്മൾ നമ്മുടെ സൗകര്യത്തിനു വേണ്ടി ആ തുര്യനിൽ പലതും ആരോപിക്കുകയാണ് തുര്യനാണെങ്കിലോ നിത്യനിവൃത്തനായി സദാമുക്തനായി സ്ഥിതി ചെയ്യുന്നു ആ സദാമുക്ത അതാണ് ഇവിടെ പറയുന്ന ജ്ഞാനിയുടെ നില അല്ലാതെ ഒരു ജ്ഞാനവും വഹിച്ചുകൊണ്ടുള്ള നിലയല്ല അതൊക്കെ നമ്മുടെ സങ്കല്പങ്ങളാണ് ഇതുവരെ പറഞ്ഞു വന്ന ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനമായ ഒരു കാര്യം ശ്രുതി നമ്മളെ ബോധിപ്പിക്കും പരമാർത്ഥന നിലയെക്കുറിച്ച് സത്യത്തെക്കുറിച്ച് ബോധിപ്പിക്കും ഈ ബോധിപ്പിക്കുന്നതിന് അത് ബോധിക്കുന്നതിന് നമുക്ക് തടസ്സമായിരിക്കുന്നത് ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ ധാരണകളും മാത്രമാണ് ഈവൻ തന്നെ അവന്റെ അന്ധക്കരണത്തിൽ നിലനിർത്തുന്ന നിരവധി സങ്കല്പങ്ങൾ ഇതാണ് മാണ്ടൂക്കിയം പറയുന്നത് ആധ്യാത്മികയുടെ അവസാനമായി പറയുന്ന ഇതാണ് എന്തിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ തുടിയനെക്കുറിച്ചുള്ള സങ്കല്പം ജ്ഞാനിയെക്കുറിച്ചുള്ള സങ്കല്പം ജ്ഞാനത്തെക്കുറിച്ചുള്ള സങ്കല്പം മോക്ഷത്തെക്കുറിച്ചുള്ള സങ്കല്പം സാധ്യത്തെയും സാധനങ്ങളെയും കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഇങ്ങനെ നിരവധി സങ്കല്പങ്ങൾ ഇതാണ് ഭേദ പ്രപഞ്ചം എന്ന് പറയുന്നത് ഇത് മാത്രമേ തടസ്സമായിട്ടുള്ളൂ ശ്രുതി ബോധിപ്പിക്കുന്ന അതെന്താണ് ഈ ഭേദത്തെന്ന് വർദ്ധിപ്പിക്കുക ഈ പ്രതീക്ഷകളെയെല്ലാം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് നമുക്കൊരുപാട് പ്രതീക്ഷകളുണ്ട് ഇച്ഛകളുണ്ട് നേരത്തെ പറഞ്ഞല്ലോ പ്രതീക്ഷകളും ഇച്ഛകളും സങ്കല്പങ്ങളും ഒക്കെയുണ്ട് മുക്തി പോലും നമ്മുടെ സങ്കല്പത്തിലാണ് നമ്മുടെ പ്രതീക്ഷയിലാണ് ഇതെല്ലാം ദ്വൈത പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് ഇത് നിവർത്തിക്കണം അതിനുവേണ്ടി തന്റെ സ്വരൂപത്തെ ബോധിപ്പിക്കുകയാണ് പ്രജ്ഞം താൻ എന്തായിരിക്കുന്നു അതിനെ ആ നിഷേധത്തെ ഉദ്ദ്രഹിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഇവിടെ മറ്റൊന്നും ബോധപൂർവം ആർജിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതില്ല ഇവിടെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ പരിവർത്തനം നമ്മുടെ ബോധത്തിൽ സംഭവിച്ചാൽ മതി ബോധമാണ് സർവത്തിനും ആധാരമായിരിക്കുന്നത് ബോധത്തിലെ പരിവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ് ആ ബോധത്തിലെ ഈ സങ്കല്പങ്ങളാകുന്ന കാർമേഘങ്ങൾ വന്ന് മൂടിയിരിക്കുകയാണ് സൂര്യന് കാർമേഹം മൂടിയിരിക്കുകയാണ് അതുകൊണ്ടത് പ്രകാശിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ദൃഷ്ടിഗോചരമാകുന്നുണ്ട് ഇതിന് രണ്ടിനു വേളയ്ക്ക് മേഘങ്ങൾ മൂടിയിരിക്കുന്നു ഈ മേഘങ്ങളെ നിവർത്തിപ്പിക്കുക അത് നമ്മുടെ സങ്കല്പങ്ങള് നമ്മുടെ ധാരണകള് നമ്മുടെ കല്പനകള് ഇതാണ് അദ്വൈതത്തിന്റെ വഴി ഇത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എവറസ്റ്റിന്റെ മുകളിൽ പ്ലെയിനിൽ ഇറങ്ങും പോലെയുള്ള ഒരു പരിപാടിയാണ് അവിടെ പിടിച്ച് നീക്കാൻ പറ്റുമെങ്കിൽ പിടിച്ച് നീക്കുക ഇല്ലെങ്കിൽ ചോവും നിങ്ങൾ താഴോട്ട് പോയില്ല അതാണ് ഇവിടെ അതുകൊണ്ട് വീണ്ടും അത് തന്നെ സ്മാത് പ്രതിഷേധ വിജ്ഞാന പ്രമാണ വ്യാപാര സമകാലി അധ്യാരോപിത അന്ധപ്രജ്ഞ അനർത്ഥ നൂർത്തിരുതി സിദ്ധം എനിക്കിന് ഇതി കൂടുതൽ ഇത് പറയാൻ സൗകര്യമുണ്ടെന്നാണ് ഭാഷകാരൻ പറയുന്നത് സിദ്ധം എന്ന് വെച്ചാൽ ഇനി ഇതി കൂടുതൽ എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത് ഇനി ശ്രുതി എന്താണോ പറയാൻ പോകുന്നത് ആ ഭാഷകാരൻ വളരെ കൃത്യമായും വളരെ വ്യക്തമായും പറഞ്ഞു കഴിഞ്ഞു പറയുന്ന കാര്യത്തിൽ ഈ രണ്ടും വേണം ഒന്ന് കൃത്യത അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോക മറ്റൊന്ന് വ്യക്തത ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ടും ബോധിക്കുന്നില്ലെങ്കിൽ ഇതിവിടെ അവസാനിപ്പിക്കുക അങ്ങനെ അവസാനിപ്പിക്കുകയാണ് പ്രതിഷേധ വിജ്ഞാന പ്രമാണ വ്യാപാര സമകാല പ്രതിഷേധ വിജ്ഞാനം അതാണ് ശ്രുതി ബോധിപ്പിക്കുന്നത് നാന്ദപ്രജ്ഞം ബഹിപ്രജ്ഞം നാന്ദപ്രജ്ഞം ബഹിപ്രജ്ഞം എന്ന് ശ്രുതി പറയുമ്പോൾ നമ്മൾ എന്താണ് ബോധിക്കുന്നത് അതാണ് പ്രതിഷേധ വിജ്ഞാനം ഇത് കേട്ടപ്പോൾ എന്തെങ്കിലും ബോധിച്ചോ അതിന്റെ പരമമായ താൽപ്പര്യത്തെ ബോധിച്ചത് ശബ്ദത്തെ ബോധിച്ചുണ്ടായില്ല നേരത്തെ പറഞ്ഞു എന്നാണ് ശബ്ദത്തിനൊന്നും ഇതിനെ വെളിപ്പെടുത്താൻ പറ്റുന്നു അനഭിധേയമാണ് പക്ഷെ ശബ്ദം ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇതിലൂടെ അതിനെ ബോധിച്ചോ അത് ബോധിച്ചാൽ അതായി പ്രതിഷേധ വിജ്ഞാനം അവിജ്ഞാനമാകുന്ന പ്രമാണം അവിജ്ഞാനം തന്നെയാണ് പ്രമാണം ശ്രുതിയുടെ ആ ബോധ്യപ്പെടുത്തൽ അവിടെയും ഒന്ന് ധരിക്കണം നമ്മൾ ബോധ്യപ്പെട്ടതിനപ്പുറം ഇനിയുമുണ്ടെന്ന് കരുതരുത് അങ്ങനെ ഒരാളുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അയാൾക്ക് ബോധ്യപ്പെട്ടില്ല എന്നുള്ള ഞാതെ ദ്വൈതം ന വിദ്യ നാന്ത പ്രജ്ഞെന്ന് പറഞ്ഞപ്പോ പരമാർത്ഥനയെ ബോധ്യപ്പെട്ടെങ്കിൽ ഇനി ഇതിൽ എന്തെങ്കിലുമൊന്ന് ബോധ്യപ്പെടാനുണ്ടെന്നൊരാൾ ചിന്തിക്കത്തില്ല അയാളവിടെ സർവസങ്കൽപ്പ നിർമുക്തനായിത്തീരും തന്റെ സ്വരൂപ ഭിന്നമായ സർവത്തെയും നിഷേധിച്ചു കഴിയും അതാണ് പ്രതിഷേധ വിജ്ഞാന പ്രമാണമെന്ന് പറയുന്നത് അതിന്റെ വ്യാപാരം എന്ന് പറയുന്ന അതിന്റെ ജന്മം എപ്പോഴാണോ അങ്ങനെയൊരു ബോധം അവന്റെ ഉള്ളിൽ സ്ഫുരിക്കുന്നത് ആ സ്ഫുരിക്കുന്ന സമകാലയവ ആ സമയം തന്നെ അതിന് നമ്മളൊരു കാലത്തിന്റെ തിട്ടക്കൂട്ടുണ്ടാക്കുകയാണെങ്കിൽ അതിന് സമകാലം എന്ന് പറയാം ആത്മനി അധ്യാരോപിത അന്ധപ്രജ്ഞ പ്രജ്ഞത്വാദി അനർത്ഥ നിവൃത്തി അവൻ ബോധ്യപ്പെടുന്നുവന്താണ് ഈ അനർത്ഥങ്ങളൊന്നും തന്നിലില്ല പരമാർത്ഥത്തിന് നിലനിൽക്കുന്നില്ല അതാണ് അനർത്ഥ നിവൃത്തി എന്ന് പറയുന്നത് ആ ബോധ്യപ്പെടലാണ് വിശ്വതൈജസ്വപ്രാജ്ഞന്മാർ വൈശ്വാന ഹിരണ്യഗർഭ അന്തര്യാമി ഈ പറയുന്ന ഭാവങ്ങളൊന്നും പരമാർത്ഥത്തിലില്ല ഇതെല്ലാം ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും പരമാർത്ഥത്തിലില്ലാത്ത പരിശുദ്ധമായ ജ്ഞാനസ്വരൂപമാണ് താൻ എന്ന് ബോധിക്കുന്നു അതാണ് അന്ധപ്രജ്ഞത്വാദി അനർത്ഥ നിർത്തി ഇത് ആ ബോധിക്കുന്നു താൻ തന്നെ മറ്റൊന്നായും ഭാവിക്കുന്നില്ല എന്നർത്ഥം തന്നെ സംബന്ധിച്ചുള്ള എല്ലാ ഭാവനകളും എന്താണ് ജ്ഞാനിയെന്നോ അജ്ഞാനിയെന്നോ ജ്ഞാനമെന്നോ ശബ്ദത്തിലൂടെയുള്ള എല്ലാ ഭാവനകളെയും എടുക്കും തന്റെ യഥാർത്ഥ സ്വരൂപം പ്രകാശിക്കുന്നത് തന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഭാവനയെ ആശ്രയിച്ചുകൊണ്ട് ഇനി അത് പറയും ജ്ഞസ്വരൂപമായി ബോധസ്വരൂപമായി അത് ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഴത്തിയിലും നിലനിൽക്കുന്നു അതിനെ ആശ്രയിച്ചിട്ടാണ് ബാക്കിയുള്ള എല്ലാം നിലനിൽക്കുന്നത് അത് മറ്റൊന്നിനെ ആശ്രയിക്കുന്നു അതിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നതിനെല്ലാം ഇവിടെ നിഷേധിക്കുന്നു നിഷേധിച്ചാൽ ശേഷിക്കുന്നത് സ്വയം പ്രകാശിക്കുന്ന തന്റെ ബോധസ്ഫുരണം അവിടെ തന്റെ നില ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് അനർത്ഥം നിർത്തി അത് സിദ്ധമാകുന്നു എന്ന് പറഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഭാഗത്തിന്റെ ഇനി പറയുന്നത് പറഞ്ഞിട്ടുണ്ടോ ആ പരമാർത്ഥ നിരയെ ബോധിപ്പിച്ചാൽ ഒരാൾക്ക് ബോധിച്ചില്ലെങ്കിൽ ശ്രുതി അവിടെ കൈവിടുന്നില്ല വീണ്ടും താഴെന്ന് തുടങ്ങി വീണ്ടും മറ്റ് വഴികളിലൂടെ ബോധിപ്പിക്കാൻ ശ്രമിക്കും അതാണ് ഇനി വരുന്ന ഭാഗങ്ങൾ ശ്രുതിക്കും ബോധ്യമുള്ള കാര്യമാണ് എന്താണോ ഈ പറയുന്ന കാര്യം അതേ രീതിയിൽ ഉൾക്കൊള്ളാൻ എല്ലാവർക്കും കഴിഞ്ഞൊന്നും വരില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റു തരത്തിൽ അതിനെ ബോധ്യപ്പെടുത്തണം അതിനുള്ള മറ്റുപായങ്ങൾ സ്വീകരിക്കണം എന്നാലും പരമാർത്ഥം പറയണമെന്ന് പരമാർത്ഥത്തെ വെളിപ്പെടുത്തുകയാണ് മുഖ്യമായി ശ്രുതിയുടെ താല്പര്യം തൊണ്ട തന്നെ വേദശിരസ് എന്ന് പറയുന്നു അത്രയും പ്രാധാന്യമുള്ളതാണ് പക്ഷെ അത് ബോധ്യപ്പെട്ടില്ലെങ്കിൽ എന്താ മറ്റുപാസനകൾ മറ്റു കർമ്മകാണ്ഡം മറ്റനുഷ്ഠാന പദ്ധതികൾ ഏത് സ്വീകരിക്കാം അത് ആ പദ്ധതികളെല്ലാം എന്ത് ചെയ്യുന്നു ചിത്രത്തിന്റെ മനസ്സിന്റെ ഏകാഗ്രതയെ അതെണ്ണമെന്ന് കഴിയുമ്പോൾ ശ്രുതി പറയുന്നത് ബോധിക്കും അതുകൊണ്ട് അങ്ങനെ ഒരു ധാരണ ഉണ്ട് എന്താണ് മാഡവയ്ക്കയ സർവത്തെയും നിഷേധിക്കുന്നതാണ് അങ്ങനെയുണ്ട് അങ്ങനെയാണെങ്കിൽ ചിലര് ചോദിക്കും സന്ദർഭികമായിട്ട് പറയുന്നത് എന്നാൽ പിന്നെ മാണ്ഡവിക്കത്തിന്റെ ആവശ്യം ഇന്ന സർക്കാരിനും രക്ഷപ്പെടുന്ന കോള് കാണുന്നില്ല ഈ മാണ്ഡൂക്യത്തിലേക്ക് എന്തിനാ പോകുന്നത് മുറ്റമടിച്ചാ പോലെ എന്തൊക്കെ ഒന്നും ക്രമേണ ശുദ്ധമാകുമല്ലോ പക്ഷെ എന്തിനു വേണ്ടിയാണ് മുറ്റമടിക്കുന്നതെന്ന് അറിയാതെ മുറ്റമടിച്ചിട്ട് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്ന കർമ്മത്തെയാണ് എന്തിനു കർമ്മം പരമാർത്ഥമായ സത്യമില്ലതാണ് ആ സത്യത്തെ ശ്രുതി ബോധിപ്പിച്ചിട്ടും എനിക്ക് ബോധ്യമാകുന്നില്ല അവിടെ എന്തോ ഒരു തടസ്സം നിൽക്കുന്നു അത് എന്റെ തന്നെ ചില പോരായ്മകളാണ് ആ പോരായ്മകളെ നീക്കുന്നതിന് എന്റെ കർമ്മവും മറ്റനുഷ്ഠാനങ്ങളും സഹായിക്കും അന്നേരം ഈ സത്യം പ്രകാശിക്കും എന്റെ ബോധം തെളിയും എന്നൊരു ബോധത്തോടുകൂടി വേണം മുറ്റംപഠിക്കണം അല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമൊന്നും അത് സംസാരമോചനത്തിന് ഉള്ള ഒരു ഉപായമായി മാറത്തില്ല അതുകൊണ്ട് ഇത് ബോധ്യപ്പെട്ടില്ലെങ്കിൽ ശരി ശ്രവണം സർവർക്കും പറഞ്ഞിട്ടുള്ളതാണ് അത് പണ്ഡിതനെന്നോ പാമരനെന്നോ ഉള്ള ഭേദം കൂടാതെ നിങ്ങൾക്കത് ബോധ്യപ്പെടുന്നോ ബോധ്യപ്പെടുന്നില്ല എന്നുള്ളത് രണ്ടാമതേ വരുന്നു മുഖ്യശ്രവണം തന്നെയാണ് കാരണം അവിടെ ശ്രവണത്തിൽ ബോധപൂർവമായോ അബോധപൂർവമായോ ഇതിനെ ബോധ്യപ്പെടുന്നതിനുള്ള ഒരു യത്നം നടക്കും താൻ ആഗ്രഹിച്ചില്ലെങ്കിലും തന്റെ അന്ധകരണത്തിൽ അങ്ങനെ ഒരു യത്നം നടക്കും അതുകൊണ്ട് ശ്രവണത്തെ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല ഉറങ്ങി ഉറങ്ങിയായാലും അത് കൂടിയേ തീരും അതുകൊണ്ടാണ് അമ്മയും എപ്പോഴും സത്സംഗത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് പക്ഷെ മൂർഖന്മാരായ സന്താനങ്ങൾ അത് അത് പറഞ്ഞിട്ട് കാര്യമില്ല അവര് സ്വയം ്ഞാനികളാണ് അമ്മയെക്കാളും വിവരമുണ്ടെന്ന് ധരിക്കുന്നതാണ് ശിഷ്യന്മാർ അമ്മ പറഞ്ഞെങ്കിലും അതിന്റെ ആവശ്യമില്ല എന്നുള്ള ധാരണയിലാണ് പക്ഷെ അതല്ല അതൊരു പക്ഷെ ഗ്രഹിച്ചില്ലെങ്കിൽ അത് ഒരനുഷ്ഠാനമെന്നുള്ള നിലയിൽ അതിന് പ്രയോജനമുണ്ട് അത് സഹായിക്കും തന്റെ സാധനങ്ങളെ എല്ലാം തീവ്രമാക്കുന്നതിനായിക്കും അത്രയും മനസ്സിലാക്കുന്നതിനുള്ള എന്താണ് അമ്മയുടെ ഭാഷയിൽ പറഞ്ഞ കൃപ അതെങ്കിലും ഒരുവന് വേണം എന്നാലേ രക്ഷപ്പെടാൻ പറ്റും ഇല്ലെങ്കിൽ രക്ഷപ്പെടുത്തുന്നു അതുകൊണ്ട് ഇതെനിക്ക് ആവശ്യമില്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ എന്റെ പ്രസംഗത്തെല്ലാം ഞാൻ പറയും വേദാന്ത ശ്രവണം ശ്രുതിയുടെ ശ്രവണം അത് ആവശ്യമില്ലാന്ന് ആർക്കും ധരിക്കും അവകാശമില്ല അത് ക്രമേണയെങ്കിലും ധനം ചെയ്യും അത് ഉള്ളിടെ ഒരു വെളിച്ചത്തെ കൊടുക്കും നമ്മൾ എത്തേണ്ട സ്ഥാനം ഇന്നതാണ് എന്താണ് അന്ധകാരത്തിൽ ഒരു വനത്തിൽപ്പെട്ടവനെ പോകാണ് ദൂരെ എവിടെയെങ്കിലും ഒരു വെളിച്ചം കണ്ടു കഴിഞ്ഞാൽ ആ വെളിച്ചത്തിന്റെ ചുവട് പിടിച്ചവനെ നടക്കാം തന്റെ കാഴ്ചവെട്ടിൽ വെളിച്ചം ഉണ്ടെങ്കിൽ നടക്കാവുന്നൊന്നുമില്ല ലക്ഷ്യത്തിലൊരു വെളിച്ചം കൊണ്ടാമോ അതുപോലെ നമ്മളിൽ വിവേകമില്ലെങ്കിൽ ഒട്ടും പ്രകാശിക്കുന്നെങ്കിലും ഇത് വനത്തിലെ വെളിച്ചം പോലെയാണ് ഒരു ലക്ഷ്യബോധത്തെ ഉണ്ടാക്കി അനു ചുരുക്കം ഈ തത്ത്വ ശ്രവണം കൂവിന്റെ ശ്രവണം നമ്മുടെ കണ്ണിനൊരു വെളിച്ചത്തെ കൊടുക്കും അത് ആ വെളിച്ചത്തെ ആശ്രയിച്ച് ക്രമേണയെങ്കിലും വഴിയിലൊക്കെ മറിഞ്ഞു വീണോ വല്ല കുണ്ടിലൊക്കെ ചാടിയോ എങ്ങനെയൊക്കെ ആയാലും ചേരും അവസാനം ആ ലക്ഷ്യത്തിലെത്തിച്ചേരും ആ പ്രകാശത്തിന്റെ ഉറവിടത്തിൽ എത്തിച്ചേരും ആ തരത്തിൽ എങ്കിലും ഇന്ന് സഹായിക്കും അതാണ് ശ്രുതിയുടെ മഹത്വം ആവർത്തിച്ച് ആവർത്തിച്ച് ശ്രുതിമാതാ അതുകൊണ്ട് താൻ പറയാവെന്നുള്ള രീതിയിൽ ബോധിപ്പിക്കേണ്ട രീതിയിലെല്ലാവരും ബോധിപ്പിച്ചു ഭാഷ്യകാരൻ ഇവിടെ ഭാഷ്യകാരന്റെ ഈ പ്രവൃത്തി ഈ ആശയ ആവിഷ്കരണം എത്ര കോടി കോടി നമസ്കരിച്ചാലും ശരി അതിനുള്ള കടമ നമുക്ക് തീരത്തില്ല അത്രയും വലിയ കടപ്പാട് നമുക്ക് അതിനോടുണ്ട് കാരണം അത്രയും വ്യക്തമായും കൃത്യമായും ഇതിനെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾക്കൊരുപക്ഷെ അത് ബോധിക്കാൻ കഴിഞ്ഞില്ലായിരിക്കും മുമ്പ് പറഞ്ഞാൽ കൃപ അതിന്റെ കുറവുമുണ്ട് മറ്റൊന്നുമല്ല പക്ഷേ ഭാഷകാരൻ അതിനുവേണ്ടി പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ അത് അല്പസ്വല്പം മനസ്സിലാക്കിയത് നമ്മൾ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നെയാണ് പൂർണമായി ഉൾക്കൊണ്ടുവെന്ന് പറയാൻ പറ്റത്തില്ല അല്പം നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ തന്നെ അതിന്റെ മഹത്വം നമ്മുടെ ഉള്ളിൽ ബോധ്യപ്പെടുന്നുണ്ട് ഇത് ശ്രേഷ്ഠമാണെന്ന് നമുക്ക് അനുഭവപ്പെടുന്നു അതുകൊണ്ട് ആ ഈ ഭാഷയരചന പ്രത്യേകിച്ച് ഈ ഭാഷ ഭാഗത്തുള്ളത് പൂർണമായും സത്യത്തെ കരതലാമലകം പോലെ എന്ന് പറയുന്നു ഉള്ളംകൈയിലെ നെല്ലിക്ക പോലെ വ്യക്തമാക്കി തരുന്നു ഒരു ജിജ്ഞാസുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സർവ്വ ജിജ്ഞാസകളും ശ്രമിക്കുന്നതിന് ഈ ഭാഗം മാത്രം വന്നു പക്ഷെ വീണ്ടും പറഞ്ഞാലിത് തന്നെ പറയും പല ഭാഷകളിൽ പറയേണ്ടി വരും അതുകൊണ്ടിവിടെ അവസാനിപ്പിക്കുന്ന ഭാഷകാരൻ ഇത് സിദ്ധം എന്ന് പറഞ്ഞിട്ട് മന്ത്രത്തെ വ്യാഖ്യാനിക്കുന്നു മന്ത്രവ്യാഖ്യാന രൂപത്തിൽ കൂടുതലെന്നും പറയും കാരണം എല്ലാം പറഞ്ഞു കഴിഞ്ഞിവിടെ നാന്തപ്രജ്ഞം അടുത്ത് നാന്തപ്രജ്ഞം ഇതി ഈ തൈജസനോടും താൻ താതാന്യപ്പെട്ടിരിക്കുകയാണ് എന്തുകൊണ്ട് എങ്ങനെ ഉണർന്നിരുന്നു കൊണ്ട് വരുന്നത് ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറയുന്നു അതാണ് ആ താതാക്ക അങ്ങനെ നമുക്ക് പറയാൻ കഴിയുന്നുണ്ട് എന്താണ് എന്നിൽ ഈ ജാഗ്രത ഭാസിക്കുന്നത് സ്വപ്നവും എന്നിൽ പ്രതീതമായതാണെന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നു അവിടെ ബന്ധനങ്ങളെല്ലാം അവസാനിച്ചു സ്വയം പ്രകാശിക്കുന്ന എന്റെ സ്വരൂപത്തിൽ കേവലം ഒരു പ്രതിഭാസം മാത്രമാണ് ഈ സ്വപ്നം എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയുന്നില്ല അതിനെ അനുഭവപ്പെടുത്താൻ നമുക്ക് കഴിയുന്നില്ല മറിച്ച് നമ്മളെന്താണ് പറയുന്നത് ഞാനുറങ്ങി ഞാൻ സ്വപ്നം കണ്ടു അവിടെയാണ് ആ താതാത്മ്യം സംഭവിക്കുന്നത് ആ താതാത്മ്യത്തിന് കാരണമായിട്ടാണ് പറയുന്നത് ജ്ഞാനം എന്ന് പറയുന്നത് അതിനെയാണ് മോഹം എന്ന് പറയുന്നത് മായ എന്ന് പറയുന്നത് അവിദ്യ എന്ന് പറയുന്നത് താൻ വാസ്തവത്തിൽ സ്വപ്നത്തെ കാണുകയല്ല താൻ തന്നെ സ്വപ്നത്തെ സൃഷ്ടിച്ച് താൻ തന്നെ അതിനെ കണ്ട് താൻ തന്നെ അതിനെ അവസാനിപ്പിക്കുക ചെയ്തു പക്ഷെ ആ ഭാഗത്തോട്ടൊന്ന് നമുക്ക് പോകാൻ കഴിയും അതും എങ്ങനെ സർവാന്തര്യാമിയായിരുന്ന ആ ഹിരണ്യഗർഭനോട് ഏകീകവിച്ച് നിന്നുകൊണ്ടിരെല്ലാം ചെയ്തു അവിടത്തിന്റെ ശുദ്ധസ്വരൂപത്തെ പൂർണമായും വിസ്മരിച്ചു സ്വപ്നാതീതമായിരിക്കുന്നതിന്റെ സ്വരൂപത്തെ തുരിയനെ വിസ്മരിച്ചു അവിടെ ഈ സ്വപ്നം കാണുന്നതിന് തനിക്ക് ശക്തി തന്നത് ഈ തുര്യനാണ് സ്വപ്നമെന്ന് പറയുന്നത് എന്താണ് തുര്യന്റെ ഒരു പ്രഭയാണ് സ്വപ്നം തുര്യനെ ഒരു സൂര്യനോട് ഉപമിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു കിരണമാണ് ഈ സ്വപ്നം എന്ന് പറയുന്നത് പല കിരണങ്ങൾ പല സ്വപ്നങ്ങൾ അപ്പോ ആ തുര്യന്റെ നിലയിൽ നിന്നുകൊണ്ട് സ്വപ്നത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല മറിച്ച് ഞാൻ എന്ന് പറയുമ്പോ എങ്ങനെയാണോ നമ്മൾ ഇസ്തു ശരീരത്തോടും മനസ്സിനോടും എല്ലാം താതാത്മ്യപ്പെട്ട് ആ ബോധം സങ്കോചിച്ച് ബോധത്തിന്റെ ആ സ്വപ്രകാശതയെ സ്വയം നഷ്ടപ്പെടുത്തി മോഹ അന്ധകാരത്തിൽപ്പെട്ടിട്ട് സ്വയം മോഹിതനായി അതേ ഞാനെ തന്നെ ആ സ്വപ്നത്തോട് ബന്ധിപ്പിക്കുന്നു അവിടെ എന്ത് ചെയ്യുന്നു അന്ധപ്രജ്ഞനായിരിക്കുന്നു എന്നാണ് ഇവിടെ ശ്രുതി പറയുന്നത് ബാഹ്യപ്രജ്ഞനായിട്ടല്ല അല്ലെങ്കിൽ ബഹിഷ്പ്രജ്ഞനായിട്ടല്ല അന്ധപ്രജ്ഞനെന്ന് പറയാൻ കാരണം ഈ കർണങ്ങൾ ഈ ശരീരം ഇതുകൊണ്ടുള്ള ഈ പ്രപഞ്ചാനുഭവങ്ങൾ ഇതെന്നെ അവിടെ നിരോധിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് അതിന് അന്തപ്രജ്ഞനസ് തന്നെ മറ്റൊരു രൂപത്തിൽ പ്രകടമാകും അത് പറഞ്ഞു മുമ്പ് ജാഗ്രതയുള്ള വാസനകളോടുകൂടി മനസ്സെന്ന് പറയുമ്പോൾ ഈ മനസ്സില ഈ മനസ്സ് രൂപാന്തരം പ്രാപിച്ചവിടെ നിൽക്കുകയാണ് ഈ മനസ്സെന്ന് പറയുന്ന ജാഗ്രതയിലേ ഉള്ളൂ ശരിക്കും ജാഗ്രത മാത്രമേ ഇതിനെ കിട്ടുന്നുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്താണോ ഇന്നലെ ജാഗ്രത്തിൽ കഴിഞ്ഞ ജാഗ്രത്തിൽ കാലവുമായി ബന്ധപ്പെടുത്തി നമ്മൾ സത്സംഗം ശ്രവിച്ചു ഈ ജാഗ്രത്തിൽ സത്സംഗം ശ്രവിക്കുന്നു രണ്ട് മനസ്സും ഒന്നല്ല എന്നാൽ സമാനതകളുണ്ട് കാലം എന്താണ് സമാനതയെ കൊടുക്കുന്നത് ആ സംസ്കാരം സമ്മാനതയെ കൊടുക്കുന്നു അതുകൊണ്ട് ചിലപ്പോ അടുത്ത് വരുന്നൊരു സ്വപ്നത്തിൽ ഈ സത്സംഗത്തിന്റെ അംശങ്ങളൊക്കെ ചിലപ്പോൾ കടന്നു വരാം വന്നിട്ടെന്നും വരാം സംസ്കാരദാർഢ്യമനുസരിച്ചിരിക്കുക എന്തായാലും അത് ബഹിഷ്പ്രജ്ഞനല്ല അതിന്റെ ഉള്ളിൽ തന്നെ സംഭവിച്ചു ഇനി മുമ്പോട്ട് കേൾക്കുമ്പോൾ കാര്യകയിൽ ആ കാര്യം വിശദീകരിച്ച് പറയും ഉള്ളിൽ സംഭവിച്ചു ഉള്ളിലെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ജാഗ്രതത്തിൽ ഈ ശരീരം കൊണ്ട് പരിമിതപ്പെടുത്തിയിരിക്കുന്ന മനസ്സ് വാസ്തവത്തിൽ മനസ്സേകമാണ് പക്ഷെ ഓരോ ശരീരങ്ങളും ഓരോ ജീവന്റെയും മനസ്സിനെ പരിമിതപ്പെടുത്തുന്നു അതുകൊണ്ടാണ് എന്റെ മനസ്സ് നിന്റെ മനസ്സുമായിരിക്കുന്നത് എന്റെ മനസ്സിന് നിന്റെ മനസ്സിന് അറിയാൻ കഴിയാതിരിക്കുന്നു അതൊക്കെ ശരീരം ഒരു വേനിക്കെട്ട് സൃഷ്ടിക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ എല്ലാം എല്ലാ മനസ്സും എല്ലാവരും അറിഞ്ഞില്ല കാരണം ഇതൊന്നല്ല പക്ഷെ അതറിയാൻ കഴിഞ്ഞു ഈ മനസ്സ് ജാഗ്രത ഈ മനസ്സ് ഉണർന്നിരുന്ന് കാണുന്നതല്ല അവിടെ കാണുന്നു അതുകൊണ്ട് ഇങ്ങനെ എന്തു പറഞ്ഞോ അന്തപ്രജ്ഞള്ളിൽ സംഭവിക്കുന്നു ഈ മനസ്സ് പോലെ ഒരു മനസ്സിനെ സൃഷ്ടിച്ചവിടെ സംഭവിക്കുന്നു അതിവിടെ സംഭവിക്കുന്നു ഈ ഉണർവിൽ തന്നെ ഈ തുര്യനിൽ തന്നെ തുര്യനും തന്നെയാണ് സ്വപ്നം സംഭവിക്കുന്നത് പക്ഷേ തുര്യനൽ നേരിട്ടല്ല സംഭവിക്കുന്നത് ഇനി കരികയിൽ വരുമ്പോൾ പറയും എന്താണോ ഇതെല്ലാം മായാമയമാണ് ഇതെല്ലാം വരും കൽപ്പന മാത്രമാണ് ഈ കാണുന്ന സർവവും ചരാചര പ്രപഞ്ച മുഴുവൻ കൽപ്പനയാണ് ആരുടെ കൽപ്പന ഈ തുര്യൻ തന്നെ തുര്യൻ നേരിട്ട് കൽപ്പിക്കും സ്വയം ചെയ്യുന്നില്ല മറ്റുള്ളവർ കൊണ്ട് ചെയ്യിപ്പിക്കും മറ്റുള്ളവർക്ക് സത്താസ്ഫൂർത്തിയെ നൽകിക്കൊണ്ടെന്ന് പറഞ്ഞ് ശാസ്ത്രജ്ഞന്റെ ഭാഷയിൽ പറയും വിശ്വതേജസ്വ പ്രാജ്ഞന്മാരെ നിലനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ വൈശ്വാനര ഹിരണ്യഗർഭ അന്തരിയാമി ഭാവങ്ങളിലൂടെ തുരിയൻ കൽപ്പിക്കുന്നു പറയും കൽപ്പിക്കാതെ എന്ന് പറയുമ്പോൾ അതിന്റെ സ്വരൂപത്തിൽ കൽപ്പനകളൊന്നുമില്ല ീഉപാധികളെ സ്വീകരിക്കുമ്പോൾ എല്ലാ കൽപ്പനകളും വരും അതിൽ ഭേദം വരും ബഹിഷ് പ്രജ്ഞ അന്തപ്രജ്ഞ എന്നുള്ള വരും അതിന് സ്വയം അനുഭവിക്കും ആ കല്പനകളെല്ലാം സ്വയം സംസാരത്തെ സൃഷ്ടിക്കും സുഖതുഃഖങ്ങളെ അനുഭവിക്കും അതിൽ അന്ധപ്രജ്ഞ സ്വപ്നത്തെ തന്നെ ആദ്യം നിഷേധിച്ചതുകൊണ്ടാണ് സ്വപ്നത്തെ നിഷേധിക്കാൻ എളുപ്പമാണ് ശാസ്ത്രം പറഞ്ഞില്ലെങ്കിലും നമ്മൾ സ്വപ്നത്തെ നിഷേധിക്കും മനസ്സിലാക്കാൻ എളുപ്പമാണ് എങ്ങനെ നിഷേധിക്കും അത് സത്യമല്ല സ്വപ്നം സത്യമാണെന്ന് ആരും പറയത്തില്ല പക്ഷെ ജാഗ്രത സത്യമല്ലെന്ന് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം അത് അനുഭവസിദ്ധമായ കാര്യമാണ് അവിടെ അനുഭവമാകാത്ത ചില കാര്യങ്ങളുണ്ട് അതാണ് ശ്രുതി ബോധിപ്പിക്കുന്നത് എന്താണ് അവിടെ നിഷേധിച്ചാലും ശേഷിക്കുന്ന ഒന്നുണ്ട് സ്വപ്നത്തെ നിഷേധിച്ചാലും നമ്മൾ ശാസ്ത്രത്തിന്റെ സഹായമില്ലാതെ നിഷേധിച്ചാലും ശാസ്ത്രം നിഷേധിച്ചാലും അവിടെ ശേഷിക്കുന്ന ഒന്നുണ്ട് എന്താണ് ആ സ്വപ്ന കൽപ്പനയ്ക്ക് ആധാരമായിരിക്കുന്ന ആ ബോധസ്ഫുരണം അതിൽ നിന്ന് ബാക്കി എല്ലാത്തിനെയും മാറ്റി നിർത്തുക അതിൽ നിന്ന് ബാക്കി എല്ലാത്തിനെയും നിഷേധിച്ച് മാറ്റുക അതാണ് നാന്തപ്രജ്ഞം എന്ന് പറയുന്നത് അപ്പൊ സ്വപ്നത്തെ നമ്മൾ നിഷേധിക്കുമ്പോൾ അവിടെ എല്ലാത്തിനും നിഷേധിക്കേണ്ട കാര്യങ്ങൾ സ്വപ്നത്തിലെ കൽപ്പനകളെ സ്വപ്നത്തിലെ ദൃശ്യങ്ങളെ സ്വപ്നത്തിലെ അനുഭവങ്ങളെ എല്ലാം നിഷേധിച്ചാൽ സ്വപ്നത്തിൽ അനുഭവ രൂപത്തിൽ പ്രകാശിക്കുന്ന ആ തുലീയനെ നിഷേധിക്കുന്നു എന്തുകൊണ്ട് നിഷേധിച്ചാൽ ശേഷിക്കുന്നത് ആ തുല്യ ബോധസ്ഫുരണമാണ് അതിലാണിതെല്ലാം സംഭവിക്കുന്നത് എന്ന് ധരിക്കുന്നു അത് ധരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നാന്തപ്രജ്ഞമെന്ന് ആ തൈജസന് നിഷേധിക്കുന്നത് തേജോമയനായ പുരുഷൻ അതിനെ നിഷേധിക്കുന്ന അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ അത് സ്പഷ്ടമാവും എല്ലാവർക്കും സ്വീകാര്യമാവും സ്വപ്നത്തെ നിഷേധിക്കുന്നത് സ്വപ്നം സത്യമാണെന്ന് ആരും വാശി പിടിക്കത്തില്ല അത് ബോധ്യപ്പെട്ടുകഴിഞ്ഞാൽ പിന്നെ പറയാം എന്താണ് ഇതും ഒരു നീണ്ട സ്വപ്നമാണ് സ്വപ്നത്തിന്റെ തലത്തിൽ പരിശോധിച്ചാൽ ഇതും കുറച്ചുകൂടി ഉറപ്പുള്ള കുറച്ചുകൂടി നീണ്ട ഒരു സ്വപ്നം എന്ന് ഇതിനെ പറയാം അതുകൊണ്ട് ആ അത് ബോധ്യപ്പെട്ടുകഴിഞ്ഞാൽ പറയാൻ തന്നെയാണ് ബഹിഷ് പ്രജ്ഞം വിശുവിനെ പ്രതിഷേധിക്കുന്നു ഇവിടെ പ്രാജ്ഞനെ തൈജസ്സനെ നിഷേധിക്കുന്നു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കും ഹിരണ്യഗർഭനും അവിടെ നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞു വിശ്വനെ നിഷേധിക്കുന്നു എന്ന് പറയുമ്പോൾ മനസിലാക്കും ശ്രുതി ബുദ്ധിമാന്മാരെ കണ്ടുകൊണ്ട് പറയുന്നതാണ് ബുദ്ധി കുറഞ്ഞ നമ്മൾ അതുകൂടി ചേർത്ത് മനസ്സിലാക്കും പറഞ്ഞതും പറയാനുള്ളതും കൂടി മനസ്സിലാക്കുന്നു അവിടെ വൈശ്വാനും നിഷേധിക്കുകയാണ് കാരണം എന്തുകൊണ്ട് വിശ്വനൊരിക്കലും സ്വതന്ത്രമായി നിൽക്കാൻ പറ്റത്തില്ല ഈ തൈജസിന് സ്വതന്ത്രമായി നിലനിൽക്കാൻ പറ്റത്തില്ല അതിപ്പോഴും വൈശ്വാനിന്റെ ഒരു അംശമായിട്ടാണ് വിശ്വം നിൽക്കുന്നത് അതുകൊണ്ടാണ് എന്നെ സമഷ്ടി വെഷ്ടി എന്ന് വിളിക്കുന്നത് ഭിരണ്ഗർഭന്റെ ഒരു അംശമായിട്ടാണ് ഈ തൈസം നിൽക്കുന്നത് സ്വപ്നത്തിൽ ഇത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ജാഗ്രതയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അവിടെ സംഭവിച്ചത് പോലെയെന്ന് നമുക്ക് മനസ്സിലാക്കാം വാദത്തിന് വേണ്ടി നമുക്ക് പറയാം എന്താണ് സ്വപ്നം വേറെയാണ് ജാഗ്രത വേരെയാണ് അത് നമുക്ക് അംഗീകരിക്കാം പക്ഷേ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് അവിടെ സംഭവിച്ചതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് അവിടെ എന്താണ് സംഭവിച്ചത് ആ തുര്യന്റെ പ്രകാശത്തിൽ തുര്യനെ ആശ്രയിച്ചു കൊണ്ട് തൈജസ്സൻ അനേക വിഷയങ്ങളെ കാണും അവിടെ നമുക്ക് വേണമെങ്കിൽ തർക്കിക്കാം അതൊന്നും തൈജസ്സിന്റെ സൃഷ്ടിയല്ല കിരണ്യ ഗർഭന്റെ സൃഷ്ടിയാണ് ഇതെല്ലാം നമുക്കവിടെ ചർച്ച ചെയ്യാം പക്ഷെ ഒരു കാര്യം പരമാർത്ഥമാണ് എന്താണ് അവിടെ തൈജസൻ അതെല്ലാം കാണുന്നു അല്ലെങ്കിൽ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ഞാൻ അതിനെല്ലാം കണ്ടു ഇവിടെ ബഹിഷ്പ്രജ്ഞ സംഭവിക്കുന്നത് ആ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ഞാൻ തന്നെയാണ് ഇതിനെല്ലാം കാണുന്നത് ഒരു കാഴ്ച എന്നുള്ള നിലയ്ക്ക് സ്വപ്നത്തിലെ കാഴ്ചയും ഈ ഉണർവിലെ കാഴ്ചയും തമ്മിൽ എന്താ വ്യത്യാസം അവിടെയും ഞാൻ കണ്ടുകൊണ്ടിരുന്ന ദൃശ്യങ്ങൾ ഇവിടെയും ഞാൻ കാണുന്നു ദൃശ്യങ്ങള് ആ ഇവിടെ ദൃശ്യങ്ങൾക്ക് ഞാൻ ചില വിശേഷതകൾ കൂട്ടിച്ചേർക്കുന്നതാണ് ഇത് സ്ഥിരമാണ് ഇത് സ്ഥായിയാണ് ഇത് സ്ഥൂലമാണ് തുടങ്ങിയ വിശേഷതകൾ ഞാൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് അല്ല എന്റെ ദൃശ്യങ്ങൾക്ക് ഞാൻ കൂട്ടിച്ചേർക്കുന്നതാണ് ദൃശ്യം എന്നുള്ള എന്താണ് തൈജസന്റെ ദൃശ്യം തന്നെയാണ് ഇവിടെ വിശുവിന്റെയും ദൃശ്യം തൈജസ്സനെ ഒരു ദൃശ്യമായതുകൊണ്ട് സ്വപ്നം വന്ന് ഒരു പേരിട്ട് വിളിച്ചാൽ പേരിൽ വലിയ അതേ പേര് തന്നെ ഇവിടെ എന്തുകൊണ്ട് യോജിക്കത്തില്ല ഇതും ദൃശ്യമാണല്ലോ അങ്ങനെയാണെങ്കിൽ തൈജസ്സനെ നിഷേധിച്ചതുപോലെ തന്നെ തൈജസ്സന്റെ ദൃശ്യങ്ങളെ നിഷേധിച്ചതുപോലെ തന്നെ ഇത് രണ്ടിനെയും കാണുന്നവന് ഈ വിശ്വഭാവത്തെയും വിശ്വന്റെ ദൃശ്യങ്ങളെയും നിഷേധിക്കാം രണ്ടിനെയും കാണുന്നു രണ്ടിനെയും കാണുന്നത് ഒരുവനായതുകൊണ്ട് അത് അനുഭവത്തിനും യുക്തിക്കും വിരുദ്ധമാകുന്നില്ല അതാണ് ബഹിഷ് പ്രജ്ഞം എന്ന് പറഞ്ഞ് വിശ്വനെ നിഷേധിക്കുന്നത് നിഷേധിക്കുന്നവർക്ക് അറിയാമെന്താണ് സ്വപ്നമല്ല ജാഗ്രത അതെല്ലാം അറിയാം അതുകൊണ്ടാണ് ഇതിന് രണ്ടു പേര് കൊടുത്ത എന്താണ് അന്ധപ്രജ്ഞം ബഹിഷ് പ്രജ്ഞം ആ സ്വപ്നമല്ല ജാഗ്രത് ജാഗ്രതല്ല സ്വപ്നം എന്നുള്ള ഈ ഭേദം നിലനിർത്തുന്ന എന്താണ് ഈ രണ്ട് ഭാവങ്ങൾ ഒന്നുള്ളിൽ ഒന്ന് പുറമേ എന്നുള്ള ഭാവങ്ങൾ ആ ഭാവത്തിൽ വലിയ കാര്യമൊന്നുമല്ല എന്തുകൊണ്ട് അവിടെയും തുരീയൻ ഈ വിശ്വന്റെ സഹായ തൈജസ്സിന്റെ സഹായത്തോടു കൂടി ദൃശ്യങ്ങളെ പ്രകാശിപ്പിക്കുന്നു ഇവിടെയും അതേ ഞാൻ തന്നെ അതേ തിരിയും തന്നെ വിശ്വഭാവത്തിൽ കുറച്ചുകൂടി വ്യക്തമായി കുറച്ചുകൂടി സ്ഥൂലമായി കുറച്ചുകൂടി തായിയായി വിഷയങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പരമാർത്ഥചിന്തയിൽ ഇതിനെ ഭേദപ്പെടുത്തുന്ന അംശങ്ങൾക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല മറിച്ച് നിഷേധം രണ്ട് ഭാഗത്തും തുല്യമായി വരുന്നു അന്ധപ്രജ്ഞം ബഹിപ്രജ്ഞം എന്ന് പറഞ്ഞിട്ട് നിഷേധിച്ചത്